നമ്മുടെ സാന്നിധ്യം ലോകത്തിനൊരു പ്രശ്നമാകരുത് ഏതിനെ നോക്കിയാലും നമുക്ക് നമുക്ക് നമുക്ക് പരിചയം വേണം ഈ വിശ്വത്തിലെ എല്ലാറ്റിനെയും മിത്രം എന്ന് എന്താണ് കൂട്ടുകാരനാണല്ലോ അല്ലേ പരിചയമില്ലാത്തവൻ മിത്രം എന്ന് വിശ്വത്തിന് മിത്രനായിരിക്കാം നമ്മളോട് പറയുന്നത് അതാ മൈത്ര മൈത്രിഭാവം സുഹൃത്ത് എന്ന പോലെ എല്ലാറ്റിനെയും കാണാൻ ഒരു കണ്ണ് അത് നായയാവട്ടെ കോഴിയാവട്ടെ ഏതുമാകട്ടെ നിർമ്മമഹ വളരെ പ്രധാനപ്പെട്ടതാണ് എടുത്ത് വീട്ടിൽ വളർത്തണം എന്നല്ല നിർമ്മമഹ മഹത്വമില്ലാത്തത് നമുക്ക് ചിലതിനോടൊക്കെ വലിയ താല്പര്യം അങ്ങനെയാണ് നമുക്ക് ഈ പെറ്റ് എന്ന് പറയുമല്ലോ അല്ലേ ചിലത് ഉണ്ട് വീട്ടിൽ കോഴിയുണ്ട് അല്ലെങ്കിൽ കിളികളുണ്ട് അക്വേറിയ ഉണ്ട് അതുണ്ട് ഇതുണ്ട് നിർമ്മമഹ തൻ്റേതാക്കി വെക്കരുത് എന്ന് പറയാം മഹത്വം പാടില്ല വിശ്വത്തിൽ ഒന്നിനോട്ടും നിർമ്മമനായി നിരഹങ്കാര അഹംബുദ്ധി ഇല്ലാതെ അഹങ്കാരമില്ലാതെ ഇതിനെയൊക്കെ നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട് കാരണം എൻ്റെ സ്വൈര്യ ജീവിതത്തിന് ഇതൊക്കെ തടസ്സമാണ് അങ്ങനെയാണല്ലോ നമ്മൾ പലതും കണ്ടുപിടിക്കുന്നത് പലതും ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ഒരു നാല് ദിവസം മുൻപ് ആ നമ്മുടെ ഗോതമ്പ് കൃഷിയെ കുറിച്ച് വിദേശത്തും അവിടെയൊക്കെ ഉള്ള ഗോതമ്പ് എന്താ നമുക്ക് തോന്നുന്നത് ആഫ്രിക്കല്ല ഈ നാഷണൽ ജിയോഗ്രഫിക് ചാനലിലായിരുന്നു സ്വാമി കണ്ടത് ആഫ്രിക്കയിൽ ആഫ്ര ആ ഭാഗത്തെവിടെയാണ് ഹെക്ടർ കണക്കിന് ഈ ഗോതമ്പ് വയലിൽ വരുന്ന ഗോതമ്പിന് വരുന്ന ഒരു ജീവി ഒരു പ്രത്യേക ജീവി അതിനെ ഗോതമ്പിനെ ഇല്ലാതെയാക്കുന്ന ആ കതിരോട് കൂടിയിട്ട് അവൻ തിന്നും അതിനെയൊക്കെ അവർ ശരിക്കും കാണിക്കുന്നുണ്ട് ഈ ജീവിയെ ഇല്ലാതെയാക്കാൻ വേണ്ടി അവർ കുറേ വർഷങ്ങൾ ആ വലിയൊരു ഡോക്യുമെൻ്ററിയാണ് കുറേ വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ളതാണ് വർഷങ്ങളിൽ അവർ കൃത്രിമമായിട്ട് ഈ മരുന്ന് അടിച്ച് ആ സമയത്ത് അത് കഴിച്ചിട്ട് അതിൻ്റെ റൊട്ടി ഉണ്ടാക്കുന്നത് അതിൻ്റെ പല സംഗതികളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേ സമയത്ത് അവിടെ വളരെ ഗവേഷണം നടത്തിയ സമയത്ത് അവിടെ പണ്ട് ഈ ഇതിനെ തിന്നുന്ന ചില പക്ഷികളുണ്ടായിരുന്നു അതിൻ്റെ വംശനാശത്തിലാണ് ഇത് ആവിർഭവിച്ചത് പറയാം അപ്പം അവരെന്ത് ചെയ്തു ഈ പക്ഷിയെ കൃത്രിമമായി കൃത്രിമമായി എന്ന് പറഞ്ഞാൽ അതിനെ എന്താ ഉത്പാദിപ്പിച്ചുകൊണ്ട് അതിനെ വയലുകളിൽ ഇറക്കിയ സമയത്താണ് വലിയ വിളവ് നന്നായി ഈ പറഞ്ഞ് പരിപാടികളൊന്നും ആവശ്യമില്ലാതെ വന്നു അപ്പം പ്രകൃതി തന്നെ ഇതിനൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ പെരിച്ചാഴി ഇനെ മുഴുവനായിട്ട് ഇല്ലായ്മ ചെയ്യണം എന്ന് വിചാരിക്കണേ പണ്ടുള്ള കർഷകൻ കുറച്ച് കപ്പ എടുക്കുമ്പോൾ ഒരു അരക്കിലോ പോട്ടയെന്ന് വിചാരിക്കും അപ്പോൾ ഇതിനെ കൊല്ലാൻ എൻ്റെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചിലതിനെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അഹങ്കാരമാണ് അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് എന്ന് അപ്പം എല്ലാറ്റിനും നിലനിൽക്കാൻ എന്ത് വേണം ഏത് സമീപനം വേണം മൈത്രിഭാവം അതുപോലെ കരുണഹ കാരുണ്യം നിർമ്മമഹ് തൻ്റേതാക്കാതിരിക്കൽ നിരഹങ്കാര അഹങ്കാരത്തെ ഉപേക്ഷിക്കൽ അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ മനുഷ്യൻ എല്ലാറ്റിൻ്റെയും മുകളിലാണെന്നും മറ്റു മതങ്ങളിൽ നിങ്ങൾ കാണും അല്ലെങ്കിൽ വായിക്കും അറിയും മനുഷ്യനാണ് ഏറ്റവും മുകളില് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ താഴെയുള്ളതെല്ലാം ഈ താഴെയുള്ളതിനെ എന്തു വേണമെങ്കിലും അധികാരം മനുഷ്യന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ ഒരു ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി ധൈര്യമായിട്ട് പറയും ലോകത്തിലെ ഏറ്റവും വലിയ മൂടൻ ആ ദൈവം തന്നെയാണ് ഏറ്റവും സ്വാർത്ഥനും അഹങ്കാരിയും ആ ദൈവം തന്നെയാണ് ഒരു സംശയവുമില്ല കാരണം അങ്ങനെ അങ്ങനെ മനുഷ്യനെ തൃപ്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെയുള്ള ജീവികളെ സൃഷ്ടിച്ചതെന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ശരിയായിട്ടുള്ള സമീപനമെന്നല്ല ഈശ്വരൻ നമ്മളോട് പറയുന്നു നമ്മളാണ് ഇതിൻ്റെ രക്ഷാധികാരി നമ്മൾ മാത്രമാണ് പ്രകൃതിക്ക് വിഘാതമായി നിൽക്കുന്നത് മറ്റവരാരും പ്രകൃതിയുടെ താളത്തെ ഒരു തരത്തിലും അവരൊന്നും പ്രകൃതിയുടെ സംരക്ഷണത്തിന് ഒരു ഭീഷണിയല്ല എന്ന് പറയാം ഒരു പ്രകാരത്തിലും അവരങ്ങേയറ്റം പ്രകൃതി അനുസാരികളാണ് നമ്മൾ മാത്രാണ് അവരുടെ ജീവന് പോലും അവരുടെ ശാന്തിക്ക് പോലും എന്താ നമ്മൾ അശാന്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവരുടെ ശാന്തി നമ്മളെ ആശ്രയിച്ചിരിക്കണം പല കാടുകളിലും കാണാം കാടുകളൊന്നും ഇല്ല ഇന്ന് അല്ലേ വേട്ടയാടി വേട്ടയാടലാര ചെയ്യുന്നത് നമ്മളല്ലേ വിനോദത്തിന് വേണ്ടി ചെയ്യുന്നല്ലേ ഏതെങ്കിലും മൃഗങ്ങൾ വേട്ടയാടാറുണ്ടോ ഇല്ല അതുകൊണ്ട് അതിനെ അതിനെ തന്നെ കൊന്നു തിന്നാൻ തുടങ്ങിയപ്പോൾ എന്തൊക്കെ ആപത്തുകളാണ് വരുന്നത് നിങ്ങൾ വായിച്ചില്ലേ യൂറോപ്പിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പല്ലേ പശുക്കൾക്ക് രോഗം ഉണ്ടായതോടുകൂടി പശു ഇറച്ചി കഴിക്കുന്നത് അവരപ്പോഴും ചെയ്തത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പശുക്കളെ പശുക്കളെയാണ് കൊന്നോടിക്കുക ഇന്നലെയും മിനിഞ്ഞാന്നവും കോഴിയെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ കുറുക്കാൻ ഇതിലും ഭംഗിയായിട്ട് പോയിരുന്നു ഒരു വലിയ ഒരു ഇതൊക്കെ ഇട്ടിട്ട് കഴുത്ത് പൊട്ടിച്ച് പൊട്ടിച്ച് അത് പകുതി ജീവനാക്കിയിട്ടാണ് അതിന് ഇടുന്നത് വിശ്വരൂപം കണ്ട് ഓർമ്മ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചാക്കിലാക്കി ഇല്ലേ എന്തിനു വേണ്ടിയാ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി നാം ഉത്പാദിപ്പിക്കുക ഈ കോഴിക്ക് പനി പിടിച്ചപ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതും വന്നത് ഈ കോഴിയെ കൂട്ടലാക്കുന്നത് ഈ കോഴികൾ നോക്കണം നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഈ കോഴികൾ കൂട്ടൽ കോഴിക്ക് ഒരു കോഴിക്ക് നിൽക്കാനൊന്നുള്ള എന്താ പറയുക സ്ഥലമില്ല അങ്ങനെ ഒരു രണ്ട് കോഴിക്ക് നിൽക്കാനുള്ള ഇടത്തേക്കാണ് ഒരു അഞ്ച് കോഴിയെ പത്ത് കോഴിയെ അതിൻ്റെ ഉള്ളിലിടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോഴിക്ക് നിൽക്കാൻ സ്ഥലമില്ലാതെയാവുമ്പോൾ കോഴികൾ തമ്മിൽ അടീണ്ടാവുമല്ലോ കോഴികൾ തമ്മിൽ അടീൻ്റാവുമ്പോൾ കോഴികൾ തമ്മിൽ കൊത്തി ഏതെങ്കിലുമൊക്കെ തീരും അങ്ങനെ കോഴികൾ പരസ്പരം കൊത്തിയിട്ടും ഈ കൈ കൊണ്ട് അതിൻ്റെ രണ്ട് കൈ ഉണ്ടല്ലോ അതുകൊണ്ട് കയ്യോ കാലോ എന്തോ ആവട്ടെ രണ്ടെണ്ണയുള്ളൂ അതുകൊണ്ട് മാന്തിയിട്ടുമൊക്കെ പരസ്പരം അവർ അടി ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ കൂട്ടിലേക്ക് കയറ്റുന്നതിന് തൊട്ട് മുൻപ് ചെയ്യുന്ന ഒരു പരിപാടി കണ്ടപ്പം ആ ബലേ ഭ ീ റോസ് വളർത്തുന്നവർക്കറിയാം അവർ റോസിൻ്റെ ഈ കുറച്ച് ഉണങ്ങിയ കൊമ്പുകളും അല്ലെങ്കിൽ പൂ ഇതായി കഴിഞ്ഞാൽ അവരതിനെ കട്ട് ചെയ്യുന്ന ഒരു കട്ടറുണ്ട് റോസിൻ്റെ റോ ഈ ചെടി കൈകാര്യം ചെയ്യുന്നവർക്കറിയാം അങ്ങനത്തെ ഒരു കട്ടറും കൊണ്ട് കോഴിയുടെ ഈ കൊ കൊക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പത്ര വെച്ചിട്ട് ഒരറ്റ കട്ടിങ് ആ പിക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ കാലിലെ എല്ലാ നഖങ്ങളും അങ്ങോട്ട് കട്ട് ചെയ്ത് വിട്ടിരിക്കുക ഇപ്പൊ കോഴിക്ക് കൊത്താൻ പറ്റില്ല അഥവാ കൊത്തിയാൽ തന്നെ മറ്റേ കോഴിക്ക് ഇക്ളിയാവും ഇങ്ങനെയുണ്ട് നമ്മുടെ ബുദ്ധി അല്ല സ്വാമി ഞാൻ എന്ത് കർമ്മം ചെയ്തിട്ട എടോ നീ തിന്നുന്ന സമയത്ത് അവിടെ ഈ ഉപയോഗിക്കുന്ന കട്ടറുണ്ടല്ലോ നിന്റെ കർമ്മത്തെ ബന്ധിച്ചിരിക്കുന്നു നീ വിചാരിക്കുന്നു നീ ഒന്നും ചെയ്യുന്നില്ല സ്വാമി ഞാനൊരു കോഴി ഇറച്ചി കഴിച്ചത് ഇത്ര അപരാധാണോ സ്വാമിക്ക് പറയാനുള്ളത് കർമ്മത്തിൻ്റെ ചങ്ങല അവിടെ അവൻ കട്ടറ് വെച്ച് കട്ട് ചെയ്യുന്നത് നിങ്ങളെ കണക്കാക്കിയിട്ടാണ് കാരണം ആവശ്യക്കാരൻ ഇവിടെ ഉണ്ടാവുമ്പോഴാണല്ലോ ഇവൻ ഇത്തരത്തിലുള്ള കർമ്മമൊക്കെ ചെയ്യേണ്ടി വരുന്നത് പശുവിനെ ഈ പശുക്കുട്ടികളെയും മൂരിക്കുട്ടികളെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതിനെയൊക്കെ നടക്കാൻ പറ്റാതെയാവുന്ന സമയത്ത് നടന്ന് നടന്ന് നടന്ന് ഇനി അങ്ങോട്ട് നടക്കാൻ പറ്റാതെയാവുന്ന സമയത്ത് ഓടാൻ വേണ്ടിയിട്ട് കണ്ണിൽ ഇവർ എന്താ മടിക്കുത്തില് മുളക് പൊടി സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അതെടുത്ത് അങ്ങോട്ട് കണ്ണ് തേച്ചു കൊടുക്കും പിന്നെ മരണവപ്രാളത്തിൽ ഒരു അതുപോലെ ഈ ട്രക്കിലൊക്കെ കയറ്റി വരുന്നതിന് കണ്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയാ അതൊഴുക്കുന്ന കണ്ണുനീര് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വ്യത ഇതിങ്ങനെ മൂന്ന് നേരം ഇത് വേണം എന്നിട്ട് ചോദിക്ക ഞാൻ എന്ത് ചെയ്തിട്ടാ സ്വാമി കേടോ നീ ഇതൊക്കെ ഇതൊക്കെ നിന്റെ കർമ്മം തന്നെയാ നീ ഇതിങ്ങനെ രണ്ടു നേരവും മൂന്ന് നേരവും കഴിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്വാമി ഓ എന്താണാവോ അതെ ഈ വെണ്ടയ്ക്ക പയറ് ഗാവേജ് അത് നിനക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള അല്ല അപ്പൊ അത് അതിനും ജീവനില്ല ജീവനുണ്ട് ഇവിടെ പാറയ്ക്ക് പോലും ജീവനുണ്ട് അതിനിപ്പോ ഒരു വെണ്ടയുടെ അല്ലെങ്കിൽ പയറിന്റെ അല്ലെങ്കിൽ ചീരയുടെ കഴുത്ത് അറുത്താൽ ചീരയ്ക്ക് വീണ്ടും കഴുത്തുണ്ടാവും കോഴിക്ക് കഴുത്ത് വീണ്ടും വരുമെന്ന അതിനൊരു ലൈഫുണ്ട് അത് ഒരു ഒരു വാഴ തന്നെ ഒരിക്കൽ കുലച്ച് അതങ്ങട്ട് പാകമായി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് പോവുകയാണ് ജീവൻ തന്നെ അത് വിട്ടു പിന്നെ വീണ്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ട് സസ്യങ്ങളുമായിട്ടാണ് നമ്മളെ ഏറ്റവും താതാത്മ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അത് പച്ച ഈ പിന്നെ മരുന്നുകളൊക്കെ അടിക്കുന്ന അതിൻ്റെ ദോഷം നമുക്കുണ്ടാവും കൃത്രിമമായിട്ടുള്ള പല മരുന്നുകളും അതും ഇതും ഒക്കെ ഏതായാലും പിന്നെ പിന്നെ ഓരോ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്ത് അനുസരിച്ച് അങ്ങനെയുള്ള ജീവികളെയൊക്കെ കഴിക്കുന്നവരുണ്ട് അവിടെ കുഴപ്പമില്ല ഇപ്പം മരുഭൂമിയായിട്ടുള്ള ഒരു മരുപ്രദേശം ഇപ്പൊ ചൈന അല്ലെങ്കിൽ ഈ തിബറ്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള അവിടെയൊന്നും പച്ചക്കറിയൊന്നും ഉണ്ടാവില്ല അവിടെ പിന്നെയുള്ളതാകെ ഇതൊക്കെ തന്നെയുള്ളൂ അങ്ങനെയുള്ളൊരു സ്ഥലത്താവാം നമ്മളെ പോലെ ഇന്ത്യയെ പോലെ ഒരു സ്ഥലത്ത് സമ്പന്നമായ പച്ചക്കറികളും മറ്റ് പഴ എന്താ പഴവർഗങ്ങളും ഒക്കെ ഉള്ള നമ്മൾ ഇത് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ ബിരുദമായിട്ടുള്ള അതുകൊണ്ട് ഈ ഒരുപാട് രോഗങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും ഇപ്പൊ ആർക്കും കോഴി വേണ്ട കാരണം പേടിയുണ്ട് ഇപ്പൊ ആർക്കെങ്കിലും പനി വന്നാൽ തന്നെ പേടി കോഴിപ്പനിയാണോ അവരെ പറഞ്ഞു കോഴിക്കോട്ടേക്ക് പോലും പോണില്ല ഇപ്പൊ കോ കേൾക്കുമ്പം പേടിയാണ് അതായത് ആലോചിക്കാൻ നല്ലതാ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് നാം കഴിക്കേണ്ടുന്ന ആഹാരത്തെക്കുറിച്ചും നിങ്ങളിതിൽ ഇരിക്കുന്നവർ പലരും ഇന്ന് കഴിച്ചു വന്നവരുണ്ടാവുമെന്ന് സ്വാമിക്കറിയാം നമ്മൾ പുനർ വിചാരം പുനർചിന്ത ഒരു നടത്തുന്നത് ഈ വിഷയത്തിൽ നല്ലതാണ് ഇത്രയും ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്ന ഭക്തിയെക്കുറിച്ച് ഭഗവാൻ പറയുന്നു ആ ഭക്തിയെ അനുഷ്ഠാനത്തില് കൊണ്ടുവരുന്ന ഭക്തന്റെ ലക്ഷണത്തെ ഭഗവാൻ പന്ത്രണ്ടാം അധ്യായം ഭക്തിയോഗത്തില് അവതരിപ്പിക്കുന്നു അദ്ദേഷ്ടൂതാം മൈത്ര കരുണ എവ നിർമ്മ നിരഹങ്കാര സമദുഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മൈ അർപ്പിത മനോബുദ്ധി യോമത് ഭക്ത സമയപ്രിയ തനിക്ക് പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ് ആരൊക്കെയാണ് തനിക്ക് പ്രിയപ്പെട്ടവർ എന്ന് ഇന്നലെ ഈ ശ്ലോകം ഇതല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് സർവഭൂതാനാം അദ്വേഷ്ട സകല പ്രാണിവർഗങ്ങളോടും ദ്വേഷഭാവം ഇല്ലായ്മ വിസ്തരിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയത് കഴിയുന്നതും നമ്മള് പരിശീലിക്കാൻ ഒരു ശ്രമം പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ ഇതര ജീവജാലങ്ങളെ കാണുന്ന സമയത്ത് എന്തെങ്കിലും വെറുപ്പോ അറുപ്പോ ഉണ്ടോ എന്ന് പരീക്ഷിക്കുക നോക്കുക ആ ജീവജാലങ്ങൾ ഉള്ളിടത്തേക്ക് പോകണ്ട വരുന്ന സമയത്ത് നോക്കിയാൽ മതി എന്ന് പറയാം ഏത് സമീപനമാണ് വേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു ഏതാണ് സമീപനം മൈത്രഹ കരുണഹ കാരുണ്യം സുഹൃത് ഭാവം നമ്മൾ ഉദാഹരണം കണ്ടു വിശ്വാമിത്രനായി ഇരിക്കുക വിശ്വത്തിന് മുഴുവൻ മിത്രൻ ഏതിനെ കാണുമ്പോഴും അതിനോട് പറഞ്ഞേക്കാം ഞാൻ ആരാണ് വിശ്വാമിത്രനാണെന്ന് പറയാം പേര് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നാലും അതിനോട് പറയാം നീ എന്നെ ഭയക്കണ്ട നിന്നെ ഞാനും ഭയക്കുന്നില്ല നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് അരിയവും ഏത് ഏതിനോടും നമുക്കിത് എന്താ ഇത് ഇത് സാധിക്കും എന്ന് പറയാം ഇത് സാധിക്കണം ഇത് സാധിച്ചിട്ടുള്ള എത്രയോ ആളുകളുണ്ട് ചിലർ ചിലരെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് അവർക്ക് വട്ടാണെന്നൊക്കെ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ആളുകളുണ്ട് നമുക്കറിയാം ബോംബെയിലൊരമ്മ പല്ലിയായിട്ട് സംസാരിക്കുന്നവർന്ന് അവരത് വളരെ ഇതായിട്ട് പറയുന്നുണ്ട് പല്ലിയായിട്ട് അവർ സംസാരിക്കും പല്ലിയുടെ കുട്ടിയായിട്ടാണ് ആദ്യം സംസാരം തുടങ്ങിയത് കുട്ടി കുട്ടിപ്പല്ലിയെ കണ്ട സമയത്ത് ഇവരെന്തോ പറഞ്ഞപ്പോൾ അതിങ്ങോട്ട് പറഞ്ഞു എന്നാ അയ്യോ ഞാനിത് എന്നെ ഒന്നും ചെയ്യരുത് ഞാനൊറ്റയ്ക്കാണ് എന്നൊക്കെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പറയാമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് ഏതാ ഭാഷ ബോംബെയിലായതുകൊണ്ട് ഹിന്ദി ആണോ പല്ലി സംസാരിച്ചത് കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നുള്ളതാണ് അപ്പോൾ അവരും പറഞ്ഞു എന്നാ നീ എന്നെ ശല്യം ചെയ്യാൻ ഇവിടെ വരരുത് അതുകൊണ്ട് നീ എവിടെയെങ്കിലും പോയിക്കോ അപ്പോൾ പറഞ്ഞു പിന്നെ അതിൻ്റെ ശല്യം ഇല്ല എന്നാ ഇതവർ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇത് കേട്ടിട്ട് ഉണ്ടാക്കി പറഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അല്ലാതെ തന്നെ അവർ ഈ ഒരു അനുഭവത്തെ പങ്കുവെച്ചു എന്ന് പറയാം ഏത് ജീവിയുടെയും കണ്ണിലേക്ക് നോക്കിയാൽ മതി കണ്ണില് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആശയത്തെ പകരാൻ സാധിക്കും എന്ന് പറയാം നീ ഭയക്കേണ്ട എന്ന് പറയാം അതേതിനെയും ഇപ്പൊ ഈ മൈത്രഭാവത്തെ ഒരു എസ് അങ്ങോട്ട് അയക്കുക എന്ന് പറയാം അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടും സംശയം ഉണ്ടാവുന്ന സമയത്താണ് നിങ്ങൾ നായെ തന്നെ നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾ സംശയത്തോടുകൂടി നോക്കി നോക്കൂ അവനും സംശയത്തോടുകൂടി നമ്മളെ നോക്കും വാലൊക്കെ സ്റ്റഡിയാക്കി വെച്ചിട്ട് നേരെ നമ്മൾ സ്നേഹം അയച്ചു കഴിഞ്ഞാൽ കാണാം വാലിങ്ങനെ ഇവിടെ ഭഗവാൻ പറയുന്നു ഒരു മൈത്രി ഭാവം പിന്നെയോ നിർമ്മമഹ മമത്വമില്ലാതെ നിരഹങ്കാര അഹങ്കാരമില്ലാതെ എന്ന് എന്തിനെയും അഹങ്കാരത്തോടുകൂടി ഈ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ഒന്നും ഇതൊക്കെ അവർക്കൊരു മഴവില് പോലും അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുക കാരണം അഹങ്കാരം അവരെ കൊണ്ട് അത് കളറായിട്ട് കാണാൻ അനുവദിക്കില്ല എന്ന് അല്ലെങ്കിൽ അത് പറയില്ല അവർ നിരഹങ്കാര സമദുഖ സുഖ സുഖമാവട്ടെ ദുഃഖമാവട്ടെ അതിൽ സമത്വം അതിനെ തുല്യമായി കാണുക എന്ന് പറയുക തുല്യമായി കാണുക എന്നുള്ളത് മുൻപ് ഈ ആശയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാലും സന്ദർഭം വന്നതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ സുഖമായാലും ദുഃഖമായാലും അറിയുക എന്നുള്ളതാണ് അതായത് സുഖം വരുമ്പോൾ നിങ്ങൾ കടിച്ചു പിടിച്ച് അതിനെ ദുഃഖമായിട്ട് അഭിനയിക്കേണ്ട ദുഃഖം വരുമ്പോൾ അറിയുക ഏത് അനുഭവത്തിലാണോ നാം ഇപ്പോൾ അതിനെ മനസ്സിലാക്കുക ഇതിനെയാണ് സമത്വം എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്നത് സ്വീകരിക്കുന്നതാണ് സമത്വം എന്ന് പറയും ഇപ്പൊ സുഖമാകട്ടെ ദുഃഖമാുഃഖമാകട്ടെ എല്ലാ ദ്വന്ദ്വങ്ങളും ലാഭം നഷ്ടം ശീതം ഉഷ്ണം തിദീക്ഷയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞല്ലോ ശീതോഷ്ണ സുഖ ദുഃഖാദി ദ്വന്ദ്വ സഹിഷ്ണുത്വം തിദിക്ഷ അതിന് നേരത്തെ പറഞ്ഞത് ആഗമാ പായിന അനിത്യാഹ താൻ തിദിക്ഷസ്വഭാരത അർജുന എല്ലാം വരുന്നതും പോകുന്നതുമാണ് അതുകൊണ്ട് നീ എന്തു വേണം സ്ഥിതിക്ഷയുള്ളവനായിരിക്കൂ നീ ഇതിനൊക്കെ സാക്ഷിയായിരിക്കൂ മറ്റതൊക്കെ വരുന്നതും പോകുന്നതും ഓർക്കുക നാം ആകാശമായിട്ട് നിലകൊള്ളുക വരുന്നതും പോകുന്നതുമൊക്കെ മേഘങ്ങളാണ് എന്ന് പറയുക മറ്റതൊക്കെ കൊച്ചു കൊച്ചു മേഘങ്ങൾ അത് വരും പോകും നമ്മൾ സ്ഥിരമാണ് സ്ഥിരമായതിനെ പ്രാപിച്ചവനാണ് സന്യാസി എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ അസ്ഥിരമായതിൽ പിടിച്ചു നിൽക്കരുത് അസ്ഥിരമായതിനെ പിടിച്ചു അശാന്തിയാണ് ഫലം വലിഞ്ഞു കയറി വരുന്ന ചിന്തകളുമായി താതാത്മ്യം പ്രാപിച്ചാൽ നമ്മൾ നരകം നേരെ മറിച്ച് ഇതിനെ മുഴുവൻ ആകാശം പോലെ നിലകൊണ്ടു കഴിഞ്ഞാലോ അതൊക്കെ എന്നിൽ പടരുന്നതാണ് എന്ന് പറയാം അതൊക്കെ അങ്ങനെ വന്നു പോയിക്കോളൂ അതുകൊണ്ട് സമ ദുഃഖ സുഖ സമത്വം ക്ഷമീ ക്ഷമീ എന്ന് പറഞ്ഞ ക്ഷമവാൻ ക്ഷമ ക്ഷമാപുഷ്പം വിശേഷത നമ്മൾ കണ്ടതാണ് അല്ലേ എട്ട് വിധം പൂക്കളിൽ ക്ഷമ ഈ ക്ഷമ എന്ന് പറയുമ്പം അതും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പറയാറുണ്ട് ഞാനിപ്പോ ക്ഷമിച്ചിരിക്കണോ എന്തുകൊണ്ട് ഞാനിപ്പോ പ്രതികരിക്കുന്നില്ല കാരണം അടുത്ത വീട്ടിലെ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റുണ്ട് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വീട്ടിൽ അവരവിടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളോടൊക്കെ പറയുന്നതാണ് ഞാനിപ്പം ക്ഷമിച്ചിരിക്കുന്നു അവർ പോട്ടാൽ ഞാൻ ശരിയാക്കി തരാം താൽക്കാലികമായിട്ട് നമുക്ക് പ്രതികരിക്കാൻ മനസ്സിലാ ശ്രദ്ധിക്കുക പ്രതികരിക്കാൻ സാഹചര്യം അനുകൂലമാകാതെ ഇരിക്കുന്ന സമയത്ത് നാം ആ പ്രതികരണത്തെ തൽക്കാലം നിർത്തിവയ്ക്കുന്നതിനെയാണ് നാം ക്ഷമ എന്ന് മനസ്സിലാക്കിയത് അങ്ങനെയല്ല ഒരിക്കലും അല്ല എന്ന് പറയുക ക്ഷമ എന്ന് പറഞ്ഞാൽ ഈ എന്താ തിദീക്ഷയുടെ വേറെ ഒന്നാണ് സഹനം സർവദുഃഖാന അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം ഓർത്ത് വയ്ക്കലൊന്നും ഇല്ലാതല്ല പ്രതികാര ഭാവം ഒരൽപ്പം പോലും ഇല്ലാതെ ക്ഷമിക്കാൻ സാധിക്കണം എന്ന് പറയാം ക്ഷമി ക്ഷമവാൻ സതതം സന്തുഷ്ട സതതം എല്ലായിപ്പോഴും സന്തുഷ്ട സന്തുഷ്ടൻ എന്ന് പറയും എല്ലായ്പ്പോഴും ഒരിക്കൽ പോലുമില്ല വിഷമം എന്ത് ഏത് പ്രകാരത്തിലായാലും അവൻ്റെ ശാന്തിക്ക് ഒരു ഇളക്കവുമില്ല സതതം സന്തുഷ്ട പറയണു യോഗി യോഗിയായിട്ടുള്ള യഥാത്മാ മനസ്സിനെ നിയമനം ചെയ്തിട്ടുള്ള മനസ്സടക്കിയിട്ടുള്ള ദൃഢനിശ്ചയ നിശ്ചയദാർഢ്യം ഉള്ളവൻ എന്ന് പറയും പലപ്പോഴും നമുക്കത് എന്താ ഈ ലോകത്തിൽ ജീവിക്കുമ്പം വേണ്ടത്ര നിശ്ചയമുണ്ടോയെന്ന് ഈ കുട്ടികൾക്കൊക്കെ പരീക്ഷ എഴുതുന്നതിന് മുൻപ് അല്ലേ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ആ ഒരു ദൃഢനിശ്ചയമുണ്ടല്ലോ താൻ എന്തിനാണ് പോകുന്നത് അച്ഛൻ മോനോട് ചോദിച്ചു പഠിക്കുകയാണ് എത്രയും മോനെ നയൻറ്റി പേഴ്സൻ്റ് ആണോ നിൻ്റെ എയിമെന്ന് അപ്പോൾ മോൻ പറഞ്ഞു ഹൺഡ്രഡ് ആണോ എന്ന് അപ്പൊ അച്ഛൻ ചോദിക്കുക നീ തമാശയാക്കുക പവൻ പറഞ്ഞു ആരാ തമാശ തുടങ്ങിയത് ആരാ ആരംഭിച്ചത് ഞാനാണോ അല്ല എന്ന് പറയാം ദൃഢ നിശ്ചയ എന്ന് പറഞ്ഞാൽ അവന് നല്ല ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഉറപ്പ് വേണമെന്ന് പറയാം നിശ്ചയദാർഢ്യം അതിന് തൻ്റെ വൈകല്യങ്ങളൊന്നും തന്നെ തൻ്റെ ദൃഢതയെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് തന്നെ ഇളക്കാൻ പോന്നതല്ല എന്ന് പറയും അത് ശാരീരികമാകട്ടെ ഏത് പ്രകാരത്തിലുള്ളതാകട്ടെ പലരും കണ്ടിട്ടില്ലേ ശാരീരികമായിട്ട് തളർച്ചയൊക്കെ ഉണ്ടാവും പക്ഷേ മനസ്സ് ദൃഢപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്യുമെന്ന് പറയാം സതതം സന്തുഷ്ട സതതം എല്ലായ്പ്പോഴും സന്തുഷ്ട സന്തുഷ്ടൻ പറയും എല്ലായ്പ്പോഴും ഒരിക്കൽ പോലുമില്ല വിഷമം എന്ത് ഏത് പ്രകാരത്തിലായാലും അവന്റെ ശാന്തിക്ക് ഒരു ഇളക്കവുമില്ല സതതം സന്തുഷ്ട പറയണു യോഗി യോഗിയായിട്ടുള്ള യഥാത്മ മനസ്സിനെ നിയമനം ചെയ്തിട്ടുള്ള മനസ്സടക്കിയിട്ടുള്ള ദൃഢനിശ്ചയ നിശ്ചയദാർഢ്യം ഉള്ളവെന്ന് പറയും പലപ്പോഴും നമുക്കത് എന്താ ഈ ലോകത്തിൽ ജീവിക്കുമ്പം വേണ്ടത്ര നിശ്ചയമുണ്ടോന്നും അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ പരീക്ഷ എഴുതുന്നതിന് മുൻപ് അല്ലേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ആ ഒരു ദൃഢനിശ്ചയമുണ്ടല്ലോ അപ്പൊ പലരും കണ്ടിട്ടില്ലേ ശാരീരികമായിട്ട് തളർച്ചയൊക്കെ ഉണ്ടാവും പക്ഷേ മനസ്സ് ദൃഢപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്യുമെന്ന് പറയാം ഈ പുസ്തക വിൽപ്പന ഒരു കമ്പനിയിലേക്ക് പുസ്തകം ഡോർ ടു ഡോർ സെയിൽ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ വിളിച്ചു അപ്പൊ അതിലൊരാൾ അതിൽ ഭഗവത്ഗീതയാണ് പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളൊരു ഭഗവത്ഗീതയാണ് അപ്പം ആ ഭഗവത്ഗീത വീടുകളിൽ തോറും കൊണ്ടു കൊടുക്കണം ഇതാണ് അപ്പം അവരുടെ ആ പബ്ലിഷിങ് കമ്പനി ആളുകളെ വിളിച്ചു അപ്പം അതിലൊരാൾ അയാൾക്ക് സംസാരിക്കുമ്പം വിക്ക് ഉണ്ട് വിക്ക് ഉള്ള ഒരാളാണ് അപ്പം ഇതിൻ്റെ പബ്ലിഷറ് ചോദിച്ചു ഇത് നിങ്ങളെങ്ങനെ ഇത് സെയിലാക്കും ഇത് ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയണം പറഞ്ഞ് ഇത് കൊടുക്കണം അതൊക്കെ ചെയ്യും പറഞ്ഞു പക്ഷെ എന്തോ ഈ പബ്ലിഷർക്ക് ഈ ചെറുപ്പക്കാരന്റെ ആ ഒരു വിശ്വാസത്തിലൊക്കെ എന്താ പറയുക അതില് ആ ദൃഢതയില് ആ നിശ്ചയ ദാർഢ്യത്തിന്റെ മുൻപില് അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ തോന്നിയില്ല ഒരു ട്രയൽ എന്നുള്ള നിലയ്ക്ക് ഒരു ഇരുപത്തഞ്ച് പുസ്തകം സൂട്ട് കേസിലാക്കി എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ കൊടുത്തു മറ്റ് കേമന്മാരുണ്ട് ഇന്റർവ്യൂ ചെയ്തപ്പോ ഇവൻ വ്യാസനിയും കടത്തിവിട്ടും എന്ന് വിചാരിച്ചു അജ്ജാതി ആളുകളൊക്കെ ഉണ്ട് പോയി ഇവർ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരണം ഉച്ച ഒരു മണിയാവുമ്പോഴേക്കും നമ്മുടെ വിക്കുള്ള വിദ്വാൻ ഇരുപത്തഞ്ച് ഗീതയും വിറ്റ് വന്നു മറ്റവരൊക്കെ അവർ നാല് അഞ്ച് മൂന്ന് വൈകുന്നേരം ഏഴ് മണിക്കാണ് വരുന്നത് അവരെ ബോസ് രാവിലെ ഒരു ട്രെയിനിങ് ഉണ്ട് ക്ലാസ് ഉണ്ട് അപ്പൊ വൈകുന്നേരം വന്നിട്ട് ചോദിച്ചു ഇതെന്ത് പറ്റി അപ്പം ഇവൻ ഇരുപത്തഞ്ചും തീർത്തു കണക്കൊക്കെ കൊടുത്തു ഒരു ബുക്കിന് അമ്പത് രൂപ കമ്മീഷനാണ് വേറെ ചിലവ് ഡി എ ഡി എ ഒക്കെ ഉണ്ട് അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇത് വിറ്റതെന്ന് വളരെ എളുപ്പമാണ് കാര്യം ഞാൻ പോവും ബെല്ലടിക്കും ആള് ബെല്ല് അല്ല ഡോറ് തുറക്കും വരും അപ്പം ഞാൻ പറയും അവർക്ക് മനസ്സിലായി ഭഗവത്ഗീത അങ്ങണ്ട പറഞ്ഞു തരാമായിരിക്കും ആ ഒരു വേഗ ഇരുന്നൂറ്റമ്പത് കൊടുത്ത് വന്നു ഞാൻ ഗീത പറയാൻ പോയാലും വെരി സിമ്പിൾ എന്ന് പറയാം മറ്റവരെ അങ്ങനെയല്ല ചേട്ടാ ഭഗവത്ഗീത കേട്ടിട്ടില്ല അങ്ങനെ എങ്ങനെ വേണ്ട ഞാൻ ഗീത തന്നെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ദൃഢനിശ്ചയ ഇറങ്ങുമ്പോൾ നല്ല ഉറപ്പുണ്ട് എന്ന് പറയാം നിശ്ചയ ദാർഢ്യം ഉണ്ടെങ്കിൽ എന്താ സാധിക്കാത്തത് സാധിക്കുന്നു ഇത് വേണം നടക്കുക അമ്മ ഞാൻ പോണോ അച്ഛ ഞാൻ പോണോ പിന്നെ നൂറായിരം ഫ്രണ്ട്സിനോട്ട് അവിടെ ചെയ്തു ഫോൺ ഇവിടെ ചെയ്തു അവിടെ ഞാൻ ഏതെടുക്കണം ഞാൻ അങ്ങോട്ട് പോണം അങ്ങോട്ട് പോണോ അവർ ഉറപ്പില്ല എന്ന് പറയും ഇങ്ങനെ തള്ളി തള്ളി തള്ളി തള്ളി തള്ളി തള്ളി തള്ളി അല്ലേ കുട്ടികളിപ്പം കൗൺസലിങ്ങിന്റെ സമയത്ത് സെൽഫോണും വെച്ചിട്ടായിരിക്കുന്നത് ഒരു മിനിറ്റ് അച്ഛനോട് ചോദിക്കട്ടെ അച്ഛ റപ്പില്ല എന്ന് പറയാ നിശ്ചയദാർഢ്യം വേണം എന്ന് പറയാം പറയണു ദൃഢനിശ്ചയ സ്ഥിര നിശ്ചയമുള്ളവൻ മൈ അർപ്പിത മനോബുദ്ധിഹി പറയണു മൈ അർപ്പിത മനോബുദ്ധിഹി മനസ്സും ബുദ്ധിയും എന്നിൽ സമർപ്പിച്ചിട്ടുള്ളവൻ അതെങ്ങനെയാ സ്വാമി നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം പക്ഷേ എത്ര പേര് ഈ ഉദാഹരണം കണ്ടിട്ടുണ്ട് എന്ന് സ്വാമിക്കറിയില്ല കണ്ടവർക്ക് ഇത് വളരെ ഹൃദ്യമായിരിക്കും പഴയ സ്വർണ്ണക്കട സ്വർണ്ണക്കടകൾ പഴയത് പുതിയതല്ല പുതിയ സ്വർണ്ണക്കടകളിൽ സ്വർണം ഉണ്ടാക്കുന്നത് വളരെ കുറവായിരിക്കും പഴയ കടയിൽ അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ അടിച്ചടിച്ച് ഇതൊക്കെ പരത്തുന്നതും ഊതുന്നതും കണ്ടിട്ടുണ്ടല്ലോ പഴയ കടകൾ സ്വാമി കോഴിക്കോട് കണ്ടിട്ടുണ്ട് കോഴിക്കോട് ഒരു സ്ട്രീറ്റ് തന്നെയുണ്ട് സ്വർണ്ണക്കടയുടെ സ്ട്രീറ്റ് കമ്മത്ത് ലൈൻ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം അവിടെ മുഴുവൻ ജ്വല്ലറിയുടെ ആളുകൾ പണി ചെയ്യുന്ന പണി കടകളിലൊക്കെ ഈ പണി നടക്കും അപ്പം ഈ ജ്വല്ലറിയിൽ നിന്ന് ഒന്നും അടിച്ച് പുറത്തേക്ക് ഇടില്ല അതറിയാലോ എല്ലാം അടിച്ചു വാരി അവരൊരു ഒരു ഒരു പാത്രമുണ്ട് അതിലാണ് അവരിട്ട് വയ്ക്കുക ഒന്നും പുറത്തേക്ക് കളയില്ല എന്ന് പറയുക കാരണം അതിലൊക്കെ സ്വർണത്തിൻ്റെ പൊടിയുടെ പൊടിയുടെ പൊടിയൊക്കെ ഉണ്ടാവും ഇനി ഈ സ്വർണ്ണക്കടയുടെ മുൻപിൽ മുൻപിൽ നിന്നെല്ലാം അടിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ട് അതേപോലെ സ്വർണ്ണക്കടയുടെ മുൻപിലൂടെ ഒഴുകുന്ന ചാലിൽ വൃത്തികെട്ട ചാൽ ആ ചാലിലുള്ള മണ്ണ് മുഴുവൻ വടി എന്താ പറയുക വാരിയെടുത്ത് വലിയൊരു പാത്രത്തില വലിയ ഇതിലാക്കിയിട്ട് ചട്ടി ചട്ടി ചട്ടി ആക്കിയിട്ട് അവർ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കുളത്തിൻ്റെയോ പൈപ്പിൻ്റെയോ അവിടെയൊക്കെ വെച്ച് കഴി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ അരിക്കുന്ന ചെയ്യുന്നവൻ മണ്ണിനെ നോക്കാറേയില്ല അവൻ മണ്ണിൽ നോക്കേയില്ല പിന്നെ അവരെന്താ നോട്ടം സ്വർണം ഇതങ്ങനെ സ്വർണം കഷ്ണം കഷ്ണം കിട്ടുകയാണോ അതിൻ്റെ അങ്ങനെ വെള്ളോട്ട് അരിച്ച് അരിച്ചരിച്ച് അരിച്ച് അരിച്ച് അരിച്ച് അരിച്ച് അരിച്ചെടുത്ത് എത്രയോ വെള്ളം എടുത്ത് അവസാനം എന്തോ ഒരു പൊടിയുടെ പൊടി എന്തെങ്കിലുമൊക്കെ കിട്ടും കിട്ടുന്നുണ്ടാവും അതിനുള്ള ക്ഷമയൊന്നും നമുക്കില്ല അവിടെ ഇരുന്ന് നോക്കാൻ പക്ഷെ അവർ ചെയ്യുന്നു അവരെന്താണ് നോക്കുന്നത് അവര് നമ്മളത് കാണുമ്പോൾ ഒരു വൃത്തികേടാണ് ഈ മണ്ണും ചെളിയിലും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പക്ഷേ അവർ മണ്ണിനെ കാണുന്നില്ല ചളി കാണുന്നില്ല എന്ന് പറയാം മണ്ണിലും ചളിയിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന സ്വർണ്ണത്തിലേക്ക് കണ്ണും നട്ടിരിക്കണം ഇങ്ങനെ സ്വർണത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നവന് മണ്ണും ചളിയും ഒരു വിഷയമല്ല ഒരു പ്രശ്നമല്ല എന്ന് പറയാം അവനതിനെ മുഴുവൻ മാറ്റുന്നു അവനത് കാണുന്നു തന്നെ ഇല്ല ഒന്നിലേക്ക് ഇതുപോലെ മൈ അർപ്പിത മനോബുദ്ധി എന്നിലായിരിക്കട്ടെ മനസ്സും ബുദ്ധിയും നമ്മൾ ഇതിനെ ഒഴികെയാണ് ബാക്കി എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ഭഗവാൻ ഈ ആശയം വളരെ സ്പഷ്ടമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയും അങ്ങനെയുള്ള മത്ഭക്ത എന്റെ ഭക്തൻ യഹ ആരൊക്കെയാണോ അങ്ങനെ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒന്നിനൊരു തടസ്സമുണ്ടാവില്ല എന്ന് പറയാം അവൻ എൻ്റെ പ്രിയപ്പെട്ടവനാ പ്രിയപ്പെട്ടവനായി കഴിഞ്ഞാൽ സജ മേ പ്രിയാണ് അവൻ എന്റെ അത്യന്തം പ്രിയൻ പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ പിന്നെ ഞാനാണ് ഒരു വഷമും ഉണ്ടാകും കൈലാസയാത്ര കൈലാസയാത്ര കൈലാസത്തിലേക്ക് പോകുമ്പോഴേ ഈ ഷർപ്പാസ് എന്ന് പറയും സഹായത്തിന് വരുന്ന ആളുകൾ അവർക്ക് നമ്മുടെ ഭാഷയൊന്നും അറിയില്ല ഉം എന്താ ഹിന്ദി അറിയില്ല അവരവരുടേതായിട്ടുള്ളൊരു ഭാഷയാണ് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവർ പറയുന്നത് നമുക്കും മനസ്സിലാവില്ല നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം നമ്മൾ ഒരുവിധ ഇന്ത്യയിൽ എവിടെ പോയിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരാൾ കുറേ എങ്ങനെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി അവസാനം അയാൾ ഒരു ദന്ദിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി പല്ലിനെന്തോ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചിട്ട് അവർ പിടിച്ചു കൊണ്ടുപോയി ചോദിച്ചാൽ ഹോട്ടലായിരിക്കും ചൈനയെ പോയിട്ട് ഇങ്ങനെ കാണിച്ചാൽ ശരിയറില്ല അവിടെ ഇങ്ങനെ കാണിക്കണം അവരങ്ങനെയാ ഭക്ഷണം കഴിക്കുക ഏത് ഭക്ഷണം അവർക്ക് ആ രണ്ടു വടി വേണമല്ലോ അതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ പറയും ഇങ്ങനെ നമ്മളിങ്ങനെ പറയാറുണ്ടോ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക് പറയല്ല ഇങ്ങനെ ആക്ഷൻ കാണിച്ചാൽ അപ്പൊ അവരുടെ രീതി അതാ പുറത്തൊക്കെ പോകുമ്പോൾ സംഭവിക്കുന്നതാ നമുക്ക് അത്ഭുതം തോന്നും നമ്മൾ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തും പക്ഷെ നമ്മൾ സമർപ്പിക്കാതെ ഇരിക്കുമ്പോഴാണ് കാര്യങ്ങൾ നടക്കാതെ വരുന്നത് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഭഗവാൻ പറയണോ എന്നിൽ അർപ്പിച്ച മത്ഭക്ത എന്റെ ഭക്തൻ യഹ യാതൊരുവനാണോ അവൻ എന്താണ് സഹ മേ പ്രിയഹ എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാണ് തുടർന്ന് ോ ദ് ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാശയം ഈശാവാസ ഉപനിഷത്തില് ഈ ആശയം വരുന്നു മന്ത്രരൂപത്തിൽ ഭഗവാനും ഇവിടെ അവതരിപ്പിക്കുന്നു അപ്പൊ യസ്മാത് യാതൊരുവൻ നിമിത്തം യാതൊരുവന്റെ സാന്നിധ്യം ലോക ലോ ലോക ജനം ലോകത്തിന് ന ഉദ്വിജത്തെ ലോകം ക്ഷോഭിക്കുന്നില്ലയോ അതുപോലെ ലോകാത് ലോകം ലോകത്തിൽ നിന്ന് യഹാച്ച യാതൊരുവന് ന ഉദ്വിജതേ ഉദ്വേഗം ഉണ്ടാകുന്നില്ലയോ യാതൊരുവന്റെ സാന്നിധ്യം ോകത്തിനൊരൽപ്പം പോലും ഉദ്വേഗത്തെ ഉണ്ടാക്കുന്നില്ലയോ യാതൊരുവന് ലോകം ഉദ്വേഗത്തെ ഉണ്ടാക്കുന്നില്ലയോ അപ്പൊ ഭക്തനും ലോകവും അതാണ് നേരത്തെ പറഞ്ഞത് ഈശ്വരനും പ്രകൃതിയും അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ യാതൊരു സംഘർഷവും നിലനിൽക്കാൻ പാടില്ല ഒരു പ്രകാരത്തിലുള്ള സംഘർഷം ആ നിലയ്ക്ക് നിങ്ങൾക്കിവിടെ അറാമെന്നൊന്നും എണ്ണാൻ ഒന്നിനെയും പറ്റില്ല അതൊക്കെ അപൂർണ്ണമായിട്ടുള്ള ദർശനങ്ങളാണ് ഇവിടെ ഉത്കൃഷ്ടമെന്നോ നികൃഷ്ടമെന്നോ എണ്ണിയാൽ അബദ്ധമാണ് അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ നീചമായ ഭാവങ്ങളാണ് ഉത്കൃഷ്ടമെന്നതും നികൃഷ്ടം എന്നതും രണ്ടും നാം നമ്മുടെ കൽപ്പനയാണ് മനസ്സിൻ്റെ കൽപ്പനയാണെന്നുള്ളത് അപ്പൊ ഇവിടെ യാതൊരുവന്റെ സാന്നിധ്യം ലോകത്തിനൊരൽപ്പം പോലും അതായത് ദുര് അർജുന നിന്റെ സാന്നിധ്യം ദുര്യോധനാദികൾക്കോ ദുര്യോധനാദികൾ നിനക്കോ ഒരു പ്രശ്നമാകാൻ പാടില്ല ഭഗവാൻ പറയുന്നതാഥ അങ്ങനെ ദുര്യോധനാദികൾ നിനക്ക് പ്രശ്നമാകുന്നു എങ്കിൽ നിനക്ക് എന്തോ കുഴപ്പമുണ്ട് നീ അവർക്ക് പ്രശ്നമാകുന്നു എങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ട് ഇപ്പൊ നീ കരുതുന്നു ഞാൻ അവർക്കൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ നീ വിചാരിക്കുന്നു അവരെ എനിക്കൊരു പ്രശ്നമാണ് എന്ന് എൻ്റെ ഭക്തൻ അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെയാണല്ലോ ഇവളാണ് എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇദ്ദേഹമാണ് എൻ്റെ പ്രശ്നം രസകരായിട്ടുള്ളൊരു തമാശ ഇന്ന് വായിക്കേണ്ടായി അതായത് ഈ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന എലികളുണ്ടല്ലോ വെള്ള എലി ഒരു ലബോറട്ടറിയിലെ രണ്ട് എലികൾ ആ എലികൾ തമ്മിലുള്ള സംഭാഷണമാണ് അപ്പം അതിലൊരു എലി ഈ എലിയോട് ചോദിക്കുകയാണ് എങ്ങനെ ഈ ഡോക്ടർ ആൾ ശരിയാണോ എന്ന് അപ്പം ഈ എലി മറ്റേ എലി പറയുകയാണ് അതായത് ഈ വന്ന എലി പുതിയ എലിയ മറ്റേവൻ പഴയ ഇലിയ അപ്പം ഈ ഡോക്ടർ പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ഈ എലി പറഞ്ഞു ആ ഇപ്പം പറഞ്ഞതനുസരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ബെല്ലടിച്ചാൽ ഉടനെ ആൾ വരുന്നു കാരണം എലി എലി പറയുന്നത് ഇപ്പം ഞാൻ ആ ബെല്ല് ടേബിളിലുള്ള ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ആയിട്ട് വരും പക്ഷേ ഡോക്ടറ് എലിയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക പക്ഷേ എലി കരുതണോ ഞാനാണ് അവനെ പരീക്ഷിക്കുന്നത് ഈ കളിയാണ് വീട്ടിൽ നടക്കുന്നത് ഭാര്യ വിചാരിക്കും ഞാൻ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഭർത്താവ് വിചാരിക്കും ഞാൻ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ വിചാരിക്കും ഞാൻ ഇദ്ദേഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് ഇതിനെയാണ് അത്ര ഇവർ ഗെയിം എന്ന് പറഞ്ഞു ഇതൊരു കളിയാണ് അപ്പം നമുക്ക് നമ്മൾ വിചാരിക്കും എനിക്ക് ഇയാൾ പ്രശ്നമാണ് അല്ലെങ്കിൽ അവൻ പ്രശ്നമാണ് ഇവർ പ്രശ്നമാണ് ഇവിടെ ഓർത്തുള്ള ഒരു പ്രകാരത്തിലും നമ്മൾ ഒരാൾക്കും പ്രശ്നമാകരുത് ഒരാളും നമുക്കും പ്രശ്നമാകരുത് ആരെങ്കിലും നമുക്ക് പ്രശ്നമാണെന്ന് തോന്നിയാൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട് ആ കുഴപ്പത്തെ ആരാ തീർക്കേണ്ടത് നമ്മളാണ് പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞു ന ഉദ്വിജതേ ലോകാത് യഹാ ന ഉദ്വിജതേ പറയുന്നു ഹർഷാമർഷ ഭയോദ്വേഗൈഹി സന്തോഷം കോപം ഇത്യാദി ഭയം ഇതിനോടൊക്കെ മുക്ത ആരാണോ ഇതിൽ നിന്നൊക്കെ മോചിതനായിട്ടുള്ളവൻ ഇപ്പൊ നമുക്ക് ഈ ഭയം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താ സന്തോഷം കോപം ഇത്യാദി വികാരങ്ങളിൽ നിന്നൊക്കെ ആരാണ് മോചിതനായിട്ടുള്ളത് അവൻ സഹ േ പ്രിയ അതെനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇവിടെ പറയുന്നത് പരാതിയില്ലാത്തവനാണ് എൻ്റെ ഭക്തെന്ന ഭഗവത്ഗീതയിൽ ഭക്തിയോഗം എന്ന പന്ത്രണ്ടാം അധ്യായത്തിൽ ശ്രീ ഭഗവാൻ ഉപാച എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് പറയിക്കുന്നതായിട്ട് വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ എഴുതി വെച്ചിട്ടുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭക്തൻ എന്ന് പറഞ്ഞാൽ പരാതിയില്ലാത്തവനാണ് അതുകൊണ്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വേണം അത് മനസ്സിലാക്കാൻ അതെയല്ലോ ശരിയാണല്ലോ സ്വാമി അതെ അപ്പൊ അങ്ങനെ പുഷ്പാഞ്ജലി വേണ്ട അതെ അമ്പലത്തിൽ ഷീട്ടാക്കും ഈ ഷീട്ടാക്കുന്നത് തന്നെ നല്ല രസമാണ് അവിടെ കുറേ പേരിങ്ങനെ ആ ക്യൂവിൽ നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ ഷീട്ടാക്കാൻ അപ്പോൾ ഒരാളിങ്ങനെ മാറി നിൽക്കും ഈ മാറി നിൽക്കുന്നവരെ കണ്ടാൽ ശ്രദ്ധിച്ചോള കുഴപ്പങ്ങളുള്ള വഴിപാടുകൾ ഉള്ള ആളുകളാണ് ഒരു മകൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയുടെ ഒക്കെ പിറന്നാളിനുള്ള സാധാരണ പുഷ്പാഞ്ജലി ഒന്നും ആണെങ്കിൽ പറയാൻ ഇത്ര വിഷമൊന്നുമില്ല തിരുവാതിര നക്ഷത്രം പുഷ്പാഞ്ജലി അല്ലേ ഒരു വഴിപാട് അത് ഇത് എന്നൊക്കെ പറയാം ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി ഒക്കെ വരുമ്പോ വളരെ പതുക്കെ എല്ലാവരെയൊക്കെ നോക്കിയതിനു ശേഷമാണ് അവതരിപ്പിക്കുന്നത് എന്നിട്ട് അത് അവിടെ തിരുമേനി അതിന്റെ അകത്തേക്ക് പോയിട്ട് ശത്രുവിനെ ധ്യാനിച്ചോളാൻ പറയും നാളികേരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ധ്യാനിക്കുമ്പോൾ വീട്ടിലെ ആദ്യ അദ്ദേഹത്തിന്റെ ഇതാണ് ആദ്യ ഓർമ്മ വരിക അപ്പൊ ആരാണ് ശത്രു എന്ന് ചോദിച്ച ഉള്ളിലെ അധമ വികാര വിചാരങ്ങളാണ് അതിനെ ഇല്ലായ്മ ചെയ്യാനാണ് ശത്രു സംഹാരം ഈ കാടാമ്പുഴയിൽ ശത്രു മുട്ടുണ്ട് അവിടെ എല്ലാറ്റിനും മുട്ടാണ് മുട്ടറക്കുക എന്നാ പറയാ ആ മുട്ട് ഈ മുട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കൂടെ എന്താ പറയാ മനസ്സിലാക്കി എടുക്കാൻ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാല് അമ്പലത്തിൽ അങ്ങനെ ഒരു വഴിപാടുണ്ടല്ലോ നമ്മളൊക്കെ ചെയ്യേണ്ടുന്ന വഴിപാടും അത് പക്ഷേ ശത്രു പുറത്തല്ല അകത്താണ് തന്നിലെ അജ്ഞാനത്തെയാണ് തനിക്ക് ജയിക്കേണ്ടത് കാമനകളെയാണ് തനിക്ക് ജയിക്കേണ്ടത് അതിന് ഒരു പുഷ്പാഞ്ജലി ആവട്ടെ എനിക്ക് ശത്രുവിനെ ധ്യാനിച്ചോളാൻ പറയുമ്പം ഒരാളുടെയും മുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു എന്ന് പറയാം നമ്മുടെ ഉള്ളിലെ ആലസ്യം നിദ്ര ഇത്യാദി വികാര വിചാരങ്ങളുണ്ടല്ലോ അതിനെയൊക്കെ ജയിക്കേണ്ടതുണ്ട് അതിൽ നിന്നൊക്കെ ആരാണ് മുക്തനായിരിക്കുന്നത് അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് ഈ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ നോക്കാം ശരി ഇനിയും ലിസ്റ്റ് എടുക്കണോ നോക്കാം അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യർവാരംഭരിത്യാഗി യോമ സമേ പ്രിയ അനപേക്ഷ ശുചിഹി ദക്ഷ ഉദാസീന ഗതവ്യത സർവാരംഭ പരിത്യാഗി യഹ മത്ഭക്ത സ മേ പ്രിയ അനപേക്ഷ ഒരാളുടെ ഒന്നും അപേക്ഷിക്കാത്തവൻ എന്തെങ്കിലുമൊക്കെ അതായത് നമ്മുടെയൊക്കെ ആരെങ്കിലും വകയിൽ ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ ഗൾഫ് പോലുള്ള സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും അല്ലേ ഒരു ചോക്ലേറ്റ് എങ്കിലും ഒന്നും ആരുടെ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയും അനപേക്ഷ ഒരാളുടെ ഒന്നും അപേക്ഷിക്കാത്തവൻ എന്തെങ്കിലുമൊക്കെ അതായത് നമ്മുടെയൊക്കെ ആരെങ്കിലും വകയിലാരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ ഗൾഫ് പോലുള്ള സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും അല്ലേ ഒരു ചോക്ലേറ്റ് എങ്കിലും ഒന്നും ആരുടെ അടുത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയാം അനപേക്ഷ പറ്റുമോ നമുക്ക് പറ്റണം എന്നാണ് പറയുന്നത് അനപേക്ഷ കാരണം അപേക്ഷിക്കാതെ തന്നെയാണ് പലതും തന്നിട്ടുള്ളത് ഇപ്പൊ കിട്ടിയിട്ടുള്ളതൊക്കെ അപേക്ഷ കൊടുത്തിട്ടാണോ അല്ല എന്ന് പറയാം ഇത് പറയുന്നതിന് നിങ്ങൾ ഏതെങ്കിലും ജോലിക്ക് അപേക്ഷ അയക്കരുത് എന്നല്ല അതൊക്കെ മുറക്കി നടക്കണം സ്വാമി പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കാൻ പാടില്ല അങ്ങനെ അപേക്ഷകളൊക്കെ കൊടുത്തോളൂ ആ അപേക്ഷ വേറെ ഈ അപേക്ഷ വേറെ ഇത് വെറുതെ എപ്പോഴും അപേക്ഷിക്കുന്നവരുണ്ടല്ലോ അനപേക്ഷ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാൾ ഈ വിവാഹത്തിന്റെ വിവാഹത്തിന്റെ അല്ല വീട്ടുകൂടൽ വീട്ടില് പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ട് ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് അവരൊരു ഇൻവിറ്റേഷൻ കൊടുത്തു നിന്ന അപ്പൊ വീട് എന്ന് ചോദിച്ചപ്പോ വഴി പറഞ്ഞു കൊടുത്തതാണ് വളരെ രസമായിട്ട് അത് പറഞ്ഞു ഇന്നടത്ത് ആ ടെലിഫോൺ എക്സ്ചേഞ്ചുണ്ട് അവിടുന്ന് നേരെ വലത്തോട്ട് പോയി കഴിഞ്ഞ ഒരു കോളനിയാണ് ആ കോളനിന്ന് ഫസ്റ്റ് റൈറ്റ് ആണ് ഫസ്റ്റ് റൈറ്റ് വന്നാൽ അവിടുന്ന് ഫസ്റ്റ് ലെഫ്റ്റ് ആ ഒരു കോർണറാണ് ആ കോർണറിൽ നിന്ന് നേരെ കാണുന്ന വീട് തന്നെയാണ് അവിടെ ഗേറ്റ് ഗേറ്റ് വെച്ചിട്ടില്ല അങ്ങനെ ഗേറ്റിനുള്ള അതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒരു എന്താ ഇങ്ങനെ കാണാൻ പോയി ഒരു വലിയ മണിയുടെ ഷേപ്പിൽ കോളിംഗ് ബെല്ലിൻ്റെ ഒരു ഇതുണ്ട് മുട്ടുകൈ കൊണ്ട് നീ കോളിംഗ് ബെല്ലടിച്ചാൽ ഞാൻ വരാമെന്ന് അപ്പോൾ അയാൾക്കെല്ലാം മനസ്സിലായി ഈ എന്തിനാണ് മുട്ടുകൈ കൊണ്ട് കോളിങ് ബെല്ലടിക്കണമെന്ന് ചോദിച്ചു നിൻ്റെ രണ്ട് കൈയിലും സാധനങ്ങൾ ഉണ്ടാവണം വീട്ടിലേക്ക് വരുമ്പോൾ അത് വെറും അങ്ങോട്ട് വരരുത് അപ്പം അനപേക്ഷനാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇത് കൊടുക്കുന്നത് ഏത് പല പല സ്ഥലങ്ങളിൽ ഈ മലബാറിലേക്കൊക്കെ കുറിക്കല്യാണം എന്ന് പറഞ്ഞൊരു കല്യാണമുണ്ട് വളരെ രസമാണ് അതിൻ്റെയൊക്കെ എന്താണ് കുറിക്കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു സോഡ കുറേ ഒരു ഒരു മേശയിൽ ഒരു വിരിയൊക്കെ വെച്ച് കുറേ സോഡ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പം അതിന് പണം പയറ്റ് എന്നൊക്കെ ഒരു പ്രയോഗമുണ്ട് പണം പയറ്റ് പറഞ്ഞാൽ പണമെടുത്ത് പയറ്റൊന്നുമില്ല അത് നമ്മൾ തമ്മിലൊരു ഇടപാടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള സമയമാണ് എനിക്ക് കാശിൻ്റെ കുറേ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ എന്തു ചെയ്യും കുറിക്കല്യാണം നടത്തും അതിൽ വധുവരനൊന്നുമില്ല അതാർക്കും നടത്താം എന്നാ അതിങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിലാണ് കൂടുതൽ ഈ മാസമൊക്കെ കൂടുന്ന സമയത്ത് ഉണ്ടാവുക ഒന്ന് മുതൽ പത്ത് വരെയൊക്കെ അത് നടക്കും അപ്പം അതിൻ്റെ കുറിപ്പിൻ്റെ അടിയിൽ വളരെ രസകരമായിട്ടുള്ളൊരു പ്രയോഗമുണ്ട് ഇപ്പം ഇപ്പോഴാണ് ഇന്ന് കുറിക്കല്യാണം നട ഇന്നൊരു കുറിക്കല്യാണം നടക്കണമെന്നിരിക്കട്ടെ അപ്പം അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുക ഇന്നാൾ ഇത്രാം തീയതി ഇന്നടത്ത് വെച്ച് ഇത് നടത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം അപ്പം അദ്ദേഹം അതിൻ്റെ അടിയിലെഴുതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതലുള്ളത് നോ നോക്കാൻ അപേക്ഷ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ മൂപ്പര് കുറച്ച് പേർക്ക് അവിടെ ഇവിടെയൊക്കെ പത്ത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ മറന്നു എന്ന് പറയാം കാരണം ഞാനത് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ പ്രത്യേക അടിയിലെഴുതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുള്ള കണക്ക് നോക്കണം എന്നൊക്കെ പലതും അപേക്ഷിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള വിനിമയങ്ങളും വ്യവഹാരങ്ങളുമൊക്കെ ഇരിക്കട്ടെ അതിപ്പോൾ കൊടുത്താൽ കിട്ടണം കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കേസ് കൊടുക്കേണ്ടി വരും ഇതൊക്കെ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ പക്ഷേ ഒരുപാട് അപേക്ഷിക്കലുണ്ടല്ലോ ഒരുപാട് ഒരുപാടുള്ള അപേക്ഷ എല്ലാ അപേക്ഷയും ഈ ഗണത്തിൽ പെടും അശാന്തി തന്നെയാണ് ബലം അതുകൊണ്ട് ഒന്നും അപേക്ഷിക്കാത്തവൻ അനപേക്ഷൻ ദക്ഷ ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ സാമർത്ഥ്യം എന്ന് പറയാം ശുചി ശുചി എന്ന് പറഞ്ഞാൽ ശുചിത്വം എല്ലാറ്റിലും ശുചിത്വം ശൗചം പഞ്ചവിധം സ്മൃതം എന്നാണ് പഞ്ചവിധത്തിൽ പറഞ്ഞിട്ടുള്ളതാ വാക് ശൗചം മനഃശൗചം കുലശൗചം ശഭാരത അല്ലെ ശരീരശൗചം ഇത്യാദി ശൗചങ്ങൾ അപ്പം ഇവിടെ ശുചി ശുചി എന്ന് പറഞ്ഞാൽ പരിശുദ്ധി അതുപോലെ ഉദാസീനഹ ഉദാസീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും ഒരു പക്ഷപാതവും കാണിക്കാത്തവൻ അത് ജാതിയോടോ പിന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക എന്തിനെങ്കിലും ഒരു പ്രത്യേക പ്രത്യേകത കൽപ്പിച്ച് അതിന് പ്രാധാന്യം കൊടുത്തിട്ട് ഉള്ള ഒരു സമീപനം നമ്മുടെ ആളാണ് എന്നാൽ ഒന്ന് കണ്ണടച്ചേക്കും അവനെ കയറ്റി വിടും അപ്പൊ ഭക്തന്റെ കേസിൽ അങ്ങനെ ഇല്ല എന്നാ ക്ഷേത്രത്തിൽ വന്നു എന്നാ തൂശനിലയിൽ ഇവന് കൊടു മറ്റവന് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരോടും ഉദാസീന ഗതവ്യത വ്യതയില്ലാത്തവൻ വ്യത ഗതമായിട്ടുള്ളവൻ യാതൊരു തരത്തിലുള്ള വ്യാകുലതകളും ഇല്ലാത്തവൻ സർവാരംഭ പരിത്യാഗി സർവത്തിൻ്റെയും ആരംഭത്തെ തന്നെ പരിത്യജിച്ചവൻ ഇത് തരക്കേടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും തുടങ്ങാത്തവൻ ബാല സർവാരംഭ പരിത്യാഗി എന്തെങ്കിലും തുടങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ വേണ്ടെന്ന് വെച്ചേക്കും ഇത് നല്ല ഏർപ്പാടാ സ്വാമി രാവിലെ എഴുന്നേൽക്കണം എന്ന് തോന്നുമ്പോ പരിത്യജിച്ചേക്ക എന്തെങ്കിലൊന്ന് ചെയ്യണം എന്ന് തോന്നുമ്പോ സർവാരംഭ പരിത്യാക്കി ഇവിടേക്ക് ആചാര്യസ്വാമികൾ ഭാഷയത്തിൽ നന്നായി പറയുന്നുണ്ട് അപ്പൊ സർവ കർമ്മങ്ങളുടെയും ആരംഭത്തെ പരിത്യജിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളുടെയും ആരംഭത്തിൽ ആവിർഭവിക്കുന്നത് ഞാൻ എന്ന അഹങ്കാരമാണ് ഞാനിനെ പരിത്യജിച്ചവൻ അഹങ്കാരത്തെ പരിത്യജിച്ചവൻ നമ്മൾ സർവാരംഭ പരുത്യാക്കി അല്ലാതെ എല്ലാ നല്ല എല്ലാ ഉദ്യമങ്ങളും പരിത്യജിച്ചവൻ എന്നല്ല ഞാൻ വേറെ ഞാൻ എനിക്ക് രാവിലെ തന്നെ എന്താ ഓ ഞാൻ ഉണർന്ന് പക്ഷേ ഓ എനിക്കെഴുന്നേക്കണം എനിക്ക് അവിടെ പോകണം എനിക്കിവിടെ പോകണം എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയുള്ള മത്ഭക്ത സഹ മേ പ്രിയ അവൻ അങ്ങേയറ്റം എനിക്ക് പ്രിയപ്പെട്ടവനാണ് അവൻ എൻ്റെ പ്രിയപ്പെട്ടവൻ ആരാ എൻ്റെ പ്രിയപ്പെട്ടവൻ അനപേക്ഷൻ ഒന്നും ആവശ്യമില്ലാത്തവൻ ദക്ഷൻ സമർത്ഥൻ എന്ന് പറയാം സാമർത്ഥ്യം പലപ്പോഴും നമുക്ക് സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ളവനെ എന്താ പറയുക കബളിപ്പിച്ച് താൻ നേടിയെടുക്കുക പലതും അത് ഞാൻ അവൻ നല്ല സാമർത്ഥനായിട്ടോ എങ്ങനെയാണ് അവൻ എവിടെ പോയാലും എങ്ങനെയെങ്കിലുമൊക്കെ അവൻ കാര്യം സാധിക്കും എങ്ങനെ നോക്കിയാലും അവനെ കാണാം ഒന്നാമത്തെ പന്തിയിൽ ഊണ് കഴിക്കണം എങ്ങനെ അവൻ സീറ്റൊപ്പിച്ചു എന്ന് ചോദിച്ചാൽ അവൻ സമർത്ഥനാണ് ആൾ അതിനെയല്ല സാമർത്ഥ്യം എന്ന് പറയുന്നത് പറഞ്ഞാൽ ആ ബുദ്ധിയുടെ ആ ദിഷണാവൈഭവത്തെയാണ് അപ്പം അത് ഈ അന്ധമായ വിശ്വാസങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോകാതിരിക്കലത് ഈ അന്ധമായ വിശ്വാസങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോകാതിരിക്കല നമുക്ക് പലപ്പോഴും അങ്ങനെയാണ് പല പല കാര്യങ്ങളിലുമുണ്ട് ഇപ്പോൾ പതിമൂന്ന് അയ്യോ പതിമൂന്ന് പറഞ്ഞ നമ്പറ് എവിടെയെങ്കിലുമൊക്കെ ഒരു ഹോട്ടലിൽ പോയാൽ ഹോട്ടലുകാർ അതുകൊണ്ട് പതിമൂന്ന് എന്നുള്ള നമ്പർ റൂം തന്നെ ഉണ്ടാവില്ല ഒരു വലിയ ഫ്ലാറ്റിന് പതിമൂന്ന് പറഞ്ഞ ഇതില്ല നില ഇല്ല പതിമൂന്നാമത്തെ നിലയുണ്ട് പക്ഷെ അവരതിന് പേര് കൊടുത്തത് പതിനാല് എന്നാണ് പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിനാല് നമുക്ക് അത്ഭുതം തോന്നും ഇല്ലേ അപ്പൊ പതിമൂന്നാമത്തെ ഹോസ്പിറ്റലിൽ പതിമൂന്നാമത്തെ മുറിയില്ല ചില ഹോസ്പിറ്റലുകളിലൊക്കെ പേടിയ പതിമൂന്നിൽ കിടന്ന അവന്റെ കാര്യം പോക്കാം ഒരു സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലില് ില് ഐ സിയുല് കൊറേ ബെഡ് ഉണ്ടല്ലോ അപ്പൊ അതിൽ ഒരു നമ്പർ പതിമൂന്നല്ല പതിമൂന്നാണ് അങ്ങനെയെന്ന് വിചാരിക്കാം ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഒരു ഏഴാം നമ്പർ ബെഡ് എന്താണ് ഒരു ഓരത്തുള്ളതാണ് ഒരു അതിന്റെ തറ്റത്തായിട്ടാണ് അറ്റത്താണ് ആ ബെഡ് ആ ബെഡില് ഒരു പത്ത് മണിയുടെയും പതിനൊന്ന് മണിയുടെയും പത്തിൻ്റെയും പത്തരയുടെയും ഇടയിൽ ഞായറാഴ്ച ഏത് രോഗി അതിൽ കിടന്നാലും മരിക്കുക പകരും അപ്പോൾ ഇതിപ്പോൾ എന്താണ് ഒരു ഒരു അഞ്ച് പത്ത് കേസായപ്പോഴാണ് അവരിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഐ സിയുൽ പലരും മരിക്കുമല്ലോ പക്ഷേ ഇത് ഈ സമയത്ത് ഈ ദിവസം പല മരണവും രജിസ്റ്റർ ചെയ്ത് നോക്കിയ സമയത്ത് ഇതെന്താണത് ഈ സമയത്ത് ഇങ്ങനെ മരിക്കണത് ആ ഹോസ്പിറ്റലിലാണെങ്കിൽ എല്ലാം വളരെ കീർ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു അവിടെ എന്താ ക്ലീനിങ് മറ്റു എല്ലാ സംഗതികളും ഒരു കൃത്യനിഷ്ഠയുണ്ട് കറ കറക്റ്റ് സമയമാണ് എല്ലാറ്റിനും അതുകൊണ്ട് തന്നെ മരണവും കൃത്യസമയത്ത് തന്നെയായി അതൊരു രസമാണ് ഇതൊരു അഞ്ചെട്ടെണ്ണം ആയ സമയത്ത് ഒരു അഞ്ചു പത്തെന്തോ ആയ സമയത്താണ് അവരാലോചിച്ചത് ഇനി ഇതിപ്പം എങ്ങനെയാണ് എന്നാൽ പല ഇതിൽ കിടത്തി കിടത്താതിരിക്കാനും അവർക്ക് പറ്റില്ല അവർക്ക് ഇതിങ്ങനെ നോക്കണം ഇത് ശരിയെന്നെയാണോ എന്ന് നോക്കാം പല പരീക്ഷണങ്ങളായി നടത്തണം ഇനി അടുത്തവും കൂടെ നോക്കാം അടുത്തവും കൂടെ നോക്കാം അല്ലേ നമ്മൾ ഈ പുതിയതായിട്ട് ഉള്ളിവടെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഇനി ഒന്നുകൂടെ ശ്രമിക്കാം ഒന്നുകൂടെ ശ്രമിക്കാം എന്നതുപോലെ വെറും വളരെ നേരത്തെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാവരും സജീവമായി അപ്പോൾ പുറത്ത് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് ഇതിൽ കിടക്കുന്നത് ആ ഐ സി യുവിൽ ആരെയും കേറ്റില്ലല്ലോ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഞായറാഴ്ച ഇവരെല്ലാം ഞായറാഴ്ച ആയതുകൊണ്ട് സ്റ്റാഫ് കുറച്ച് കുറയുകയും ചെയ്യും അതുകൊണ്ട് ഒരു ഞായറാഴ്ച ഇവർ ആലോചിച്ചു എന്തായാലും നോക്കാം നമുക്ക് ഒരു പേഷ്യൻറ്റ് ഇതുപോലെ കിടക്കുകയാണ് അദ്ദേഹത്തിന് അറിയില്ല ഒന്നും ആ സമയമൊക്കെ ഏകദേശം സമയം മുതൽ രാവിലെ മുതലേ അവരെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി സ്റ്റാഫൊക്കെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഏതിലെയാണ് പ്രേതം വരുന്നത് പിശാചി വരുന്നത് ഗോസ്റ്റ് വന്ന് വിനെ ശ്വാസം മുട്ടിപ്പിക്കുന്നത് കൊല്ലുന്നത് ഇത്യാദി കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ പകലുമാണ് രാത്രിയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം പ്രേതത്തിന് വരാൻ ചാൻസ് ഉണ്ട് ഒരു പത്ത് മണിയായപ്പം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരാൾ കയറി വരുന്നു ഇവർ വളരെ ദൂരെ നിന്ന് നിരീക്ഷിക്കുക എന്താ സംഗതി നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരാൾ കയറി വരുന്നു ഈ ഇവരുടെ ഈ രോഗിക്ക് വേണ്ട രോഗിക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഈ ലൈഫ് യൂണിറ്റോ എന്താ അതിന് പറയുക അവർ അതെ ആ ഓക്സിജനും മറ്റ് സംഗതികളൊക്കെ കൊടുക്കുന്ന ആ സാധനം പ്ലഗ് ചെയ്തിരിക്കുന്ന ആ പ്ലഗ് ഊരുന്നു ഈ പ്ലഗിലേക്ക് ഇയാളുടെ വാക്കം ക്ലീനർ ഇതാക്കുന്നു ഇയാൾ വാർഡ് ക്ലീനാക്കുന്നു അപ്പോൾ അവർ ഇതാണ് ഞായറാഴ്ച ഞായറാഴ്ച സംഭവിക്കുന്നത് അവിടെ ക്ലീനാക്കുന്നവനവൻ ലൈഫ് യൂണിറ്റിന്റെ പ്ലഗ് വരും പിന്നെ ഇവന്റെ ഈ വാക്കം ക്ലീനറും കൊണ്ട് അതൊക്കെ ക്ലീനാക്കി അവനത് തിരിച്ചു കുത്തുമ്പോഴേക്കും ഇയാളുടെ കഥ കാറ്റ് പോയിട്ടുണ്ടോ സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതൊക്കെ സംഭവിക്കുന്നുള്ളതാണ് കാരണം ഈ തല ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല പലപ്പോഴും പലയിടത്തും ഏതായാലും ഇനി നിങ്ങൾ പോയിട്ട് ഐ സിയുവിൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഇതൊരു തമാശയായിട്ട് എടുത്താൽ മതി ആ ഒരു അങ്ങനെയൊക്കെ സ്വാമിയെ സംഭവിക്കുമെന്ന് വെച്ചാൽ ഇതിലും എന്താ പറയുക ഇതിലും നിസാര കേസുകളൊക്കെ ഇതിലും ശ്രദ്ധക്കുറവായിട്ടുള്ള പലതും സംഭവിക്കുന്നുണ്ട് ഇപ്പൊ സാമർത്ഥ്യം എന്ന് പറയുമ്പം ഇതൊരു സാമർത്ഥ്യമാണ് നിരീക്ഷണം അന്ധമായി മനസ്സിനെ അല്ലെങ്കിൽ ബുദ്ധിയെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒന്നിൽ പെട്ട് എന്താ പറയുക ഉഴലാൻ അനുവദിക്കാതെ ചാത്തനേറ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമോ ചാത്തൻ എവിടുന്നോ എറിയുന്നുണ്ട് എന്തോ അതിൽ അതിനെക്കുറിച്ചൊന്നും സ്വാമി ഇനി ഇപ്പം പറയുന്നില്ല ചിലപ്പോൾ എറിയാൻ ഇനി നമ്മളെ അവിടെ ഇനി ആരെങ്കിലും എറിഞ്ഞിട്ടിനിയാ ഇപ്പൊ ഓരോ ഒറ്റക്കാരും വീട്ടിൽ നല്ല ചാത്തന്മാരുണ്ടെങ്കിൽ ദക്ഷഹ എന്ന് പറയുമ്പോൾ അതാണ് ശുചി ഉദാസീന ഗതവ്യത സർവാരംഭപരിത്യാഗി യോ യഹ് ഭക്ത അങ്ങനെയുള്ള എന്റെ ഭക്തൻ എനിക്ക് അങ്ങേറ്റം പ്രിയപ്പെട്ടവനാണ് ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റിലേക്കൊക്കെ വരാനൊരു ശ്രമം നടത്തൂ തുടർന്ന് യഹ നൃഷ്യതി നദ്വേഷി നോചതി നാങ്ക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യും ഭഗവാൻ എനിക്ക് പ്രിയപ്പെട്ടവന പറയുന്നു യഹ യാതൊരുവൻ ന ഹൃഷ്യതി ഒന്നിലും അധികം സന്തോഷിക്കുന്നില്ലയോ ന ഹൃഷ്യതി എന്ന് പറഞ്ഞാൽ ഭക്തന് സന്തോഷവും പാടില്ലേ എന്നാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഹൃഷ്യതി എന്ന് പറഞ്ഞത് ആനന്ദത്തെ അല്ല ഭഗവാൻ ഇവിടെ ഉദ്ദേശിച്ചത് പിന്നെയോ ഈ താൽക്കാലികമായിട്ട് ഓരോന്ന് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് ഏതെങ്കിലും ഒന്നിൻ്റെ സാന്നിധ്യത്തിൽ അനുഭവിക്കുന്ന അസാന്നിധ്യത്തിൽ തിരിച്ച് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ മാറിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഏതെങ്കിലും ഒന്നിൽ ന സന്തോഷിക്കുന്നില്ല അതുപോലെ നദ്വേഷ്ഠി ഒന്നിനെയും ദ്വേഷിക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിയൊന്നും ശരിയാവില്ല എന്ന് പറയും അതുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് ലഹള കൂടി ഇറങ്ങുമ്പോൾ പിന്നെ വഴിയിൽ പോകുന്ന എല്ലാവരോടും ലഹളയാണ് സ്കൂട്ടർ കൊണ്ടോ സ്കൂട്ടറിലാണ് പോകുന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ ക്രോസ് ചെയ്താൽ അവനെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു അപ്പം അവിടെ മുട്ടി ചിലപ്പോൾ ടെലിഫോൺ പോസ്റ്റിനൊക്കെ മുട്ടുമ്പോൾ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറ്റം പറയും ഇവിടെ നാട്ടാൻ കണ്ട സ്ഥലം ഇല്ലേ എങ്ങനെ പോകുന്നു അങ്ങനെ പോകുമ്പോഴാണ് പെട്രോളും തീരുക നോക്കുമ്പോൾ പേഴ്സ് എടുക്കാൻ മറന്നുപോയിട്ടുണ്ട് എന്നാൽ ശരി ബാഗിലുണ്ടാവുമെന്ന് വിചാരിച്ച് ബാഗ് നോക്കുമ്പോ മോന്റെ സ്കൂൾ ബാഗ അതും മാറിപ്പോയിട്ടു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ തുടരെ തുടരെ തുടരെ സംഭവിക്കുന്നതൊക്കെ വിരുദ്ധമായിട്ടുള്ളതായിരിക്കും നേഷ്ഠി ഒന്നിനെയും ദ്വേഷിക്കാതിരിക്കുന്നത് ന ശോചതി ഒരു ദുഃഖവും ഇല്ല എന്ന് പറയും ഒന്നിലും ഒരിക്കലും ഒരാള് മാനസിക എന്താ മനോരോഗ വിദഗ്ധന്റെ അടുത്ത് പോയി അതേ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിനെ പരിശോധിച്ചു ഇദ്ദേഹം ഡോക്ടർ അതേ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുഴപ്പവും വിദേശത്താണ് കഥ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്താ ഇവിടെ സിറ്റി ലൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ കളിക്കുന്നുണ്ട് ചാർലി ചാപ്ലിൻ്റെ അത് പോയി കാണാൻ പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാനാണ് ചാപ്ലിൻ എന്ന് അപ്പൊ പിന്നെന്താ ചെയ്യല്ലേ അപ്പം നോചതി ശോചിക്കുന്നില്ലയോ ദുഃഖിക്കുന്നില്ലയോ നക്ഷതി ഒന്നും ആഗ്രഹിക്കാത്തവൻ ഒരാളുടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം അതൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വിവാഹത്തിന് മുൻപ് അല്ലേ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരും ദ്ദേഹത്തിനും പല ആഗ്രഹങ്ങളും ഉണ്ട് അതുപോലെ ഈ ആഗ്രഹങ്ങളൊന്നും ചേരില്ല കുട്ടികളുടെ ആഗ്രഹം പല പല ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് എന്താ വല്ല ഫലമുണ്ടോ ഒരു ഫലവും ഇല്ല എന്ന് പറയും അതുകൊണ്ട് എന്ന കാക്ഷത ഒരാഗ്രഹങ്ങളും ഇല്ലാത്തവൻ അല്ല സ്വാമി ആഗ്രഹവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഈ ആഗ്രഹം ഒന്ന് ഒഴിവാക്കി നോക്കൂ എന്നിട്ട് ജീവിതം ഉണ്ടോന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് ആ അപ്പം തരക്കേടില്ല തരക്കേടില്ലെങ്കിൽ ഇങ്ങനെ പോയിക്കോട്ടെ ആഗ്രഹങ്ങളും കാര്യങ്ങളുമൊക്കെയായിട്ട് നന്നായിട്ട് ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചുവോ ആഗ്രഹങ്ങളെ മുഴുവൻ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയും ഇനിയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും എന്നാണെങ്കിൽ ശരി വളരെ പഴയ വളരെ പഴയ എന്ന് പറഞ്ഞാൽ വളരെ വളരെ പഴക്കമുള്ള ഒരു ഈ ജൂത കഥ ഒരു ജൂത കഥയാണ് ഇത് ക്രിസ്തുവിനും മുൻപുള്ള കഥയാണെന്ന് പറയാം ഒരു സന്യാസിക്ക് ഒരു കിളിയെ കിട്ടുന്നതാ വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് നമുക്കതിനെ നാളെ കാണാം എന്ന കാക്ഷത ഒരാഗ്രഹങ്ങളും ഇല്ലാത്തവൻ അല്ല സ്വാമി ആഗ്രഹമില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഈ ആഗ്രഹം ഒന്ന് ഒഴിവാക്കി നോക്കൂ എന്നിട്ട് ജീവിതം ഉണ്ടോന്ന് ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഇപ്പം തരക്കേടില്ല തരക്കേടില്ലെങ്കിൽ ഇങ്ങനെ പോയിക്കോട്ടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെയായിട്ട് നന്നായിട്ട് ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ട്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 ഒരു കിളിയെ കിട്ടുന്നതാണ് വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് അപ്പോൾ ഈ കിളിയെ കിട്ടിയ സമയത്ത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കഥയിൽ കഥ കഥയിലെഴുതിയ കഥയിൽ എന്താണോ ഉള്ളത് അതുപോലെ സ്വാമി പറയാണ് അതിലദ്ദേഹം അത് അദ്ദേഹം സങ്കല്പിക്ക ആഗ്രഹിക്കണോ ഇതിനെ എനിക്ക് കൊന്നു തിന്നാം എന്ന് അതുകൊണ്ട് നിങ്ങൾ സന്യാസി പക്ഷിയെ കഴിക്കുമെന്ന് ചോദിക്കരുത് പഴയ വളരെ പഴയ കഥയാണ് കഴിക്കാം കഴിക്കാതിരിക്കാം എന്തോ ആവാ അതിലൊന്നും പോയിട്ട് പിടിക്കണ്ട കഴിഞ്ഞിട്ട് ചോദിക്കുകയും ചെയ്യരുത് അതുകൊണ്ടായി സ്വാമി ഇതും കൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പേന എടുത്ത് വെച്ച് എഴുതുവേ അപ്പൊ അദ്ദേഹം വിചാരിച്ചു എനിക്കിങ്ങനെ ചെയ്യാം പക്ഷെ ഇദ്ദേഹത്തിന്റെ സങ്കല്പത്തെ കിളി അറിഞ്ഞാ കിളി ഇദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ എന്നെ വിട്ടാൽ ഞാൻ നിങ്ങൾക്ക് ദിവ്യമായ മൂന്ന് ഉപദേശങ്ങൾ തരാം പ്രബോധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത നിങ്ങൾക്ക് അങ്ങേയറ്റം ഗുണം ചെയ്യുന്ന മൂന്ന് പ്രബോധനങ്ങൾ ആഹ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ശരി കേൾക്കട്ടെ എന്നായി മൂന്ന് പ്രബോധനങ്ങൾ അപ്പോൾ കിളി പറഞ്ഞു എഴുതിക്കൊള്ളാൻ പറഞ്ഞു നമ്പർ വൺ ഒന്ന് അസംബന്ധമായത് ര് പറഞ്ഞാലും വിശ്വസിക്കരുത് അതേത് എത്ര വലിയ ആളാണെങ്കിലും വിശ്വസിക്കാൻ പാടില്ല ഒന്ന് മനസ്സിലായോ മനസ്സിലായി ഇനി ഞാൻ പറയാൻ പോണത് രണ്ടാമത്ത രണ്ടാമത്തത് അസാധ്യമായതിന് പുറപ്പെടരുത് ഒരു കാരണവശാലും അസാധ്യമായ ഒരു കാര്യത്തിന് ഒരുങ്ങി തിരിക്കി ഒരുങ്ങരുത് എന്ന് പറയുക മൂന്നാമത് എനിക്ക് പറയാനുള്ളത് നന്മ ചെയ്താൽ അതിനെ ഓർത്ത് വിലപിക്കരുത് നന്മ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഓ ഞാനങ്ങനെ ചെയ്തുവല്ലോ എന്ന് വ്യസനിക്കരുത് ഇതാണ് മൂന്ന് ദിവ്യമായ ഉപദേശം അപ്പോൾ ഇദ്ദേഹം പ്രഭാഷണമൊക്കെ നടത്തുന്ന ആളും കൂട്ടിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് വിചാരിച്ചോ തരക്കേടില്ല ഇത് മൂന്നും വെച്ചൊരു കളി കളിക്കാം അങ്ങനെയാണല്ലോ നമുക്കൊക്കെ ഈ വിഷയങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അത് അപ്പ പിടിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുമല്ലോ അതെങ്ങനെയാണ് കൂട്ടത്തിൽ അതും കൂടെ പറഞ്ഞോട്ടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിളിയോട് ഇദ്ദേഹത്തിന് ഇത്ര തോന്നിയെന്നാണെങ്കിൽ ഇതൊരു പുതിയ അറിവായിരുന്നു അദ്ദേഹത്തിന് പുതിയ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ആശ്രമത്തിന് പ്രഭാഷണം നടക്കുമ്പം ഒരാൾ വല്ലാതെ ഉറങ്ങണു ഉറങ്ങുന്നത് മറ്റുള്ളവർക്കൊക്കെ പ്രയാസം എന്താ കൂർക്കം വലിക്കണം അപ്പൊ ആരോ പറഞ്ഞു ഇന്നാളാണ് ആളെ കണ്ടുപിടിച്ചു അവർ ഇന്നാളാണ് അത് ചെയ്യുന്നത് എന്ന് അപ്പൊ അദ്ദേഹം വിളിച്ചു സ്വാമിയാർ വിളിച്ചിട്ട് പറഞ്ഞു നോക്കൂ നിങ്ങളിങ്ങനെ ഉറങ്ങുന്ന ഉറങ്ങാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല നിങ്ങൾ ഉറങ്ങിക്കോളൂ പക്ഷേ കൂർക്കം വലിക്കാൻ പാടില്ല അത് മറ്റുള്ളവർ ഉറങ്ങുന്നതിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മറ്റുള്ളവർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല പക്ഷേ ഇതെന്താണെന്നറിയോ എനിക്കിത് രണ്ടും പ്രശ്നമല്ല പക്ഷേ നിങ്ങൾ എല്ലാവരും ഉണർന്നിരുന്നാൽ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും ഞാൻ ഈ പറഞ്ഞു തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണതേ കുറെ കാലമായിട്ട് പിന്നെ നിങ്ങൾ ഉണർന്നിരുന്നാലേ എനിക്കും പ്രശ്നമാണ് അപ്പൊ ഇത് എല്ലാം കൂടെ ഒന്ന് ഒരു ഒരു പരസ്പരം ഭാവയെന്താ എന്ന മട്ടിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങ് ഈ കൂർക്കം വലി ഒന്ന് നിർത്തണം അതുകൊണ്ട് ഈ സന്യാസിയെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരറിവായിരുന്നു അദ്ദേഹം പറഞ്ഞു ശരി നിന്നെ ഞാൻ വിട്ടിരിക്കണോ എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങട്ട് വിട്ടു വിട്ട സമയത്ത് അത് പറന്നിട്ടൊരു ചില്ലയിലിരുന്നു മരച്ചില്ലയിലിരുന്നു മരച്ചില്ലയിലിരുന്നിട്ട് ഇദ്ദേഹത്തിനോട് പറയാന്ന് എടാ വിഡ്ഢി നീ എന്തൊരു വിട്ടിയാണെന്ന് നിനക്കറിയോ എൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടെ അമൂല്യമായ രത്നം ഉണ്ടായിരുന്നു ഈ രത്നം നിനക്കെടുത്തിരുന്നെങ്കിൽ നിനക്ക് കാലാകാലവും ജീവിക്കാനുള്ള സമ്പത്ത് കിട്ടില്ലായിരുന്നു നീ വെറുതെ എന്നെ വിട്ടില്ല ഇത് കേട്ട ഉടനെ ഇയാൾ മുണ്ടും മടുക്കു തൂത്തി മരത്തിൻ്റെ മുകളിലേക്ക് കയറുക കയറിയപ്പോൾ അത് മെല്ലെ അടുത്ത കൊമ്പിലേക്ക് ചാടി ഇയാൾ കയറി വീണ്ടും അടുത്ത കൊമ്പിൽ വീണ്ടും അടുത്ത കൊമ്പിലേക്ക് ഏതോ ഒരു ഉണങ്ങിയ കമ്പിൽ ഇയാൾ താഴെ വീ താഴെ വീണ സമയത്ത് ഈ കിളി ഈ മൂന്ന് ഉപദേശവും പറഞ്ഞു കൊടുത്തു മോനെ അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ അസംബന്ധമായത് ആര് പറഞ്ഞാലും വിശ്വസിക്കരുത് ഒന്ന് നിനക്ക് ബോധ്യായോ രണ്ടാമത് ഞാൻ എന്താ പറഞ്ഞത് അസാധ്യമായതിന് നീ പുറപ്പെടരുത് നിനക്ക് മരം കയറ്റം സാധ്യമല്ല എന്ന് പറയാം പിന്നെയോ നന്മ ചെയ്തതിനെക്കുറിച്ച് നീ വ്യസനിക്കരുത് നീ എന്നെ വിട്ടു പിന്നെ നിനക്ക് തോന്നി അയ്യോ വേണ്ടായിരുന്നു എന്ന് ഓർമ്മയിരിക്കട്ടെ എന്ന് പറയാം അതുകൊണ്ടിവിടെ ഭക്തന്റെ കാര്യത്തിൽ ന കാക്ഷതി നശോചതി നദ്വേഷി ശുഭാശുഭ പരിത്യാഗി നന്മ തിന്മകളെ അവൻ പരിത്യജിച്ചവന നമ്മുടെ കേസിൽ അങ്ങനെയല്ല നമ്മൾ അമ്പലത്തിൽ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്യൂബ് കത്തിയിട്ടില്ലെങ്കിൽ ചോദിക്കും തിരുമേനിയോട് തിരുമേനി ഇതെന്താ സ്വിച്ച് ഓൺ ചെയ്യാത്തത് അല്ലേ അത് മറന്നുപോയതാ അത് ഇടൂ ഇടാനല്ലേ ഞാനിവിടെ തന്നത് അല്ലേ അങ്ങനെയൊക്കെ ആളുകളുണ്ട് ആ ഒരു അമ്പലത്തിൽ ആനയെ കൊടുത്തു നടക്കിയിരുത്തി നടക്കിരുത്തിയ സമയത്ത് ഇദ്ദേഹത്തിന് ഒന്ന് ഇനിയിപ്പെന്താ ചെയ്യുക എന്നാ ശരി ആനയ്ക്ക് കഴുത്തിൽ മണി എന്റെ എന്നിട്ട് മണിയുടെ മുകളിൽ എഴുതി വെച്ചു വേലായുതൻ പിള്ള വക്കാന്ന് അപ്പൊ ആനയെ അദ്ദേഹത്തിന്റെ ഭാഗമായി അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് ഈ പേര് പേരുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ അതൊരു ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും അതൊക്കെ എന്തെങ്കിലൊന്നും പേര് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം അപ്പൊ ശുഭാശുഭ പരുത്തിയാക്കി നന്മതിന്മകളെയൊക്കെ വിട്ടകന്നിട്ടുള്ളവൻ അതിലൊന്നും നിസാരങ്ങളായിട്ടുള്ള ഇത്തരം ചെറിയ ചെറിയ കാര്യത്തിലൊന്നും നമ്മൾ അത് അത് കുട്ടികൾക്ക് പോലും നമ്മളൊരു പേന കൊടുത്തു കഴിഞ്ഞാൽ ചോദിക്കും എവിടെ ആ പേന എവിടെ അതാറ്റം കേടു പരുത്തിയല്ലേ പിന്നെയാണ് ഈ നാട്ടിലൊക്കെ കൊടുക്കുന്നത് ചിലർ ആശ്രമത്തിലേക്കൊക്കെ പലതും തരും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കും എന്താ സ്വാമി എങ്ങനെയുണ്ട് അതിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ വർക്ക് ചെയ്യുന്നില്ലേ ചിലര് നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ പറയും സ്വാമിജി ഇത് ആർക്കും കൊടുക്കരുത് കേട്ടോ എന്ന് എന്നാലും അവര് അവരുടേതാക്കിയിട്ട് എന്താ പറയാ നമുക്ക് തരുന്നില്ല തന്നു കഴിഞ്ഞിട്ടും അവരുടേത് തന്നെയാന്ന് പറയാം എന്തായാലും ശുഭാശുഭ പരിത്യാഗി എന്ന് പറഞ്ഞ നന്മകളും തിന്മകളും എല്ലാം വിട്ടിട്ടുള്ള ഭക്തിമാൻ അങ്ങനെയുള്ള ഭക്തൻ സഹ അവൻ മേ പ്രിയഹ എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാണ് സഹ അവൻ മേ പ്രിയഹ എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാണ് അവനൊന്നും തന്നെ അതായത് നന്നായിട്ട് ഓർത്തുവെക്കുക ഒരാളുടെ മുൻപിലും നമുക്ക് ഇതിൽ ഈ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം അധ്യായത്തിന്റെ വിശേഷം എന്താണെന്ന് പറഞ്ഞാല് ഭഗവാൻ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നുണ്ടല്ലോ ഈ പറയുന്നവരൊക്കെ അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നമ്മളൊരു കുറച്ചിലുള്ളവരല്ല എന്ന് പറയാം കാരണം എനിക്ക് ഭഗവാൻ ഭഗവാൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അല്ലെങ്കിൽ ഭഗവാന്റെ പ്രിയപ്പെട്ടവനാണ് ഞാൻ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ന്യൂനതകളൊന്നും ഉണ്ടാവില്ല നമ്മളെ ഒരു പ്രകാരത്തിലും പറയല്ലോ ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറയും നല്ലൊരു കഥ വായിക്കുകയും അതായത് ഒരു കുട്ടി ദിവസവും സ്കൂൾ വിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവനീ ഈ കട കണ്ടിട്ടില്ലേ പക്ഷികളെ വിൽക്കുക അക്വേറിയം വളർത്തുമൃഗങ്ങൾ മൊയല് പിന്നെ നായക്കുട്ടി ഇങ്ങനെയൊക്കെയുള്ള കട ഇതൊക്കെ മാത്രം ഇതുള്ള അപ്പം അങ്ങനെ ഒരു കടയുണ്ട് അപ്പൊ അവൻ സ്കൂള് വിട്ട് വരുന്ന അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് അതൊരു ഹാഫ് ഡോറായിട്ടുള്ളൊരു കടയാണ് അപ്പൊ മുകൾ ഭാഗം അങ്ങനെ തുറന്നിട്ടിട്ടാണ് അപ്പോൾ ആ ഔട്ട്ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഇവൻ ഇതൊക്കെ നോക്കും ഇതിനെല്ലാം ആയിട്ടും അപ്പോൾ ഇവന് ഇതിനെയൊക്കെ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് അവൻ പറയ സമയം ഇങ്ങനെ ഓരോന്നിനെ നോക്കും പുതിയ പുതിയ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്ന് അവനറിയാം പഴയതെന്തൊക്കെ ആരൊക്കെ മേടിച്ചു കൊണ്ടുപോയി എന്നും അവനറിയാം അപ്പോൾ അവൻ പലരും പലരും വീട്ടിലൊക്കെ വന്നു പോകുന്നതും അല്ലെങ്കിൽ അതും അങ്ങനെ ഇങ്ങനെയൊക്കെ അവന് കിട്ടുന്ന ചില്ലറ ചില്ലറ ചില്ലറ കാശൊക്കെ ഇങ്ങനെ അവൻ സ്വരൂപിക്കുന്നുണ്ട് അവൻ്റെ മനസ്സിൽ ഒരു നല്ലൊരു നായകുട്ടിയെ മേടിക്കണം എന്നുണ്ട് അപ്പം അതിനാണ് അപ്പം അവനൊരു നായക്കുട്ടിക്ക് വില ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനൊരു അമ്പത് രൂപയാണ് അയാൾ പറഞ്ഞത് ഒരു സാധാ നായക്കുട്ടി വലിയ ഈ ഇതൊന്നുമല്ല നമ്മൾ പല പല പേരുകളൊക്കെ ഉണ്ടല്ലോ കൂളിങ് ഗ്ലാസ് ഒക്കെ വെക്കുന്ന ഈ അങ്ങനെയുള്ള നായ ഒക്കെ ഉണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന ടൈ ഒക്കെ കെട്ടി ഇതൊക്കെ ഇടുന്ന ഇത് ആ ഗണത്തിലൊന്നും പെട്ടല്ല ഒരു സാധ അമ്പത് രൂപയുടെ കേസാ അപ്പത് അപ്പ ഇവനിങ്ങനെ ചോദിക്കും അതിന് അപ്പം പറയും ചേട്ടാ എൻ്റെ കയ്യിൽ കാശിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മുപ്പത്തഞ്ച് രൂപയൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഇവനിങ്ങനെ ദിവസവും വന്ന് നോക്കും ഇതിനെ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ കൊണ്ടുപോകുന്നുണ്ടോ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് രൂപ ആയി ഇവൻ്റെ കയ്യിൽ അപ്പോൾ ഇവനിങ്ങനെ നായ നോക്കിയിട്ട് പറഞ്ഞു നാൽപ്പത്തഞ്ചായിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ മേടിക്കും ഇതിനെ എന്ന് പറഞ്ഞു അപ്പം അയാൾക്ക് തോന്നി പാവം ഇവന് കൊടുക്കാം അപ്പോൾ പറഞ്ഞു ഇതിനെ എന്താ ഇപ്പോൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതെന്നാണെങ്കിൽ ഇതിൻ്റെ ഒരു കാലിന് സുഖമില്ല ഒരു കാല് കുറച്ചൊരു പോളിയോ വന്നതുപോലെ കുറച്ചൊന്ന് തിരിഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വില കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ അമ്പത് രൂപയാണ് ഇതിനെ വില നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഇവൻ പറഞ്ഞു അത് വേണ്ട ഞാൻ അമ്പത് രൂപ തന്നെ തരാം അല്ല നീ കൊണ്ടുപോയിക്കാം നിങ്ങൾ പറഞ്ഞു അത് വേണ്ട അമ്പത് രൂപ തരാം എന്ന് പറയാം അപ്പം അവനങ്ങനെ ഞാൻ അടുത്ത ദിവസം അമ്പത് രൂപ തരാം അമ്പത് രൂപ അല്ല അഞ്ച് രൂപ ബാലൻസ് തരാം എന്ന് പറഞ്ഞു അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ മേടി ഇതിന് എന്താ അവന് കൊടുത്തു അവൻ അതിനെ സന്തോഷമായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞു ഞാൻ അമ്പത് രൂപ തരാം അഞ്ച് രൂപയും കൂടെ ബാക്കി തരാമെന്ന് പറഞ്ഞു അതിനവൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ അഞ്ച് രൂപ കൊടുക്കുകയാണ് കൊടുക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞു എന്താ പറയുക വേണ്ട ഇത് ഞാൻ പറഞ്ഞില്ലേ വേണ്ടെന്ന് ഓ പറഞ്ഞ അല്ല അത് വേണ്ട അത് അമ്പത് രൂപ തന്നെ ഇരിക്കട്ടെ അപ്പോഴാണ് അയാള് പുറത്തേക്ക് വന്ന് ഈ ഹാഫ് ഡോർ ഇങ്ങോട്ട് തുറന്ന് നോക്കുമ്പം ഇവൻ കാലിന് സുഖമില്ലാത്ത കുട്ടിയാണ് അതുകൊണ്ട് അവന് അനുവദിക്കുന്നില്ല ഡിസ്കൗണ്ട് ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടോ നമ്മൾ അനുവദിച്ചുകൂടാ എന്തുകൊണ്ട് ഭക്തന്മാരാണ് നമ്മൾ ഒരാളും ഒന്നിനാലും നമ്മൾ കുറയപ്പെടരുത് എന്ന് പറയാം ഒന്നിനാലും ഞാൻ ഭക്തനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉന്നതിയിൽ തന്നെയാണ് നമ്മൾ വിരാജിക്കേണ്ടത് പിന്നെ ഈ കണ്ണീര് ഒലിപ്പിച്ച് വരുന്നവരോടും പോകുന്നവരോടും മുഴുവൻ മരുമകളുടെ കുറ്റവും പറഞ്ഞു കൂറി ഇത് എത്ര വലുതായിരിക്കും എന്നിട്ട് പറയാണ് ആ സ്വാമിയുടെ പരിപാടി ടി വിയിൽ കാണുന്നതുകൊണ്ട് ഞാനിങ്ങനെ കഴിഞ്ഞു പോണു ോക്കണേ അവൾ അതുപോലും എന്നെ കാണിക്കുന്നില്ല കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു ഒരു നന്മയും പറയാനില്ല ആ ചളിയിൽ ഒരു സ്വർണത്തിന്റെ തരിമ്പ് പോലും കാണുന്നില്ല അതുകൊണ്ട് യഹ ന ഹൃഷ്യതി നദ്വേഷ്ഠി ന ശോചതി നകാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തന്റെ കേസ് ഇവിടെ എടുക്കുന്ന സമയത്ത് ഭഗവാൻ ഇതൊക്കെയാണ് പറയാനുള്ളത് അതുകൊണ്ട് നമ്മൾ ഒന്നിനാലും കുലുങ്ങാത്തവരായിരിക്കണം ഭക്തി അതിൻ്റെ അതിൻ്റെ എല്ലാ ഭാവങ്ങളും നമ്മെ കരുത്തുറ്റതാക്കി തീർക്കാൻ പോന്നതാണെന്ന് പറയാം തുടർന്നു ശീതോഷസുഖദുഖു സമസംഗ വിവർജി തുല്യനിസ്തു തിർമ്മ സന്തുഷ്ടോ യചിത് അതിഥിരമതിമാിയോ നരണു സമ ശത്രുത്രേ ച താ മാഷ്ണസുഖദുഃഖേഷു സമസംഗ വിവർജിതാസ്തുതി മൗനി സന്തുഷ്ടചിത് അനികേത സ്ഥിരമതി ഭക്തിമാൻ മേ പ്രി നരഹി ച ശത്രുവിലും മിത്രത്തിലും തകാരം പമാനയോഹോ മാന അപമാനങ്ങളിലും അപ്പൊ ശത്രുവിലും മിത്രത്തിലും എന്ന് പറഞ്ഞാൽ അജാത ശത്രുവായിരിക്കണം ആർക്ക് നമുക്ക് നമുക്ക് ശത്രു ജനിച്ചിട്ടുണ്ടാവരുത് എന്ന് പറയാം അതെങ്ങനെയാ മറ്റുള്ളവർക്ക് നമ്മൾ ചിലപ്പം ശത്രുവായിരിക്കാം അതായത് കൃഷ്ണന് കംസൻ ശത്രുവല്ല രാമന് രാവണൻ ശത്രുവല്ല പക്ഷേ രാവണന് രാമൻ ശത്രുവായിരിക്കാം കംസന് കൃഷ്ണൻ ശത്രുവായിരിക്കാം അത് കംസന്റെയും രാവണന്റെയും പ്രശ്നം കൃഷ്ണന്റെയും രാമന്റെയും പ്രശ്നമല്ല അതുപോലെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കാം പക്ഷേ അല്ല മറ്റുള്ളവര് നമുക്ക് ക്ഷമിക്കണേ സ്വാമി മനപൂർവം പറഞ്ഞതല്ല നമുക്ക് ശത്രുക്കൾ ഉണ്ടാക്കാം നമുക്കാരും നമ്മൾ പല പലരുടെയും ശത്രുവായിരിക്കാം പക്ഷെ നമുക്കാരുണ്ടാവരുത് ശത്രുക്കൾ ഉണ്ടാവരുത് രാമൻ മിക്കുന്നത് രാവണനെ അസ്ത്രം കൊണ്ട് കൃഷ്ണനും അതെ കൃഷ്ണനും ബഹുമാനും ഉണ്ട് ആരോട് കംസനോട് അമ്മാവനാണെന്നുള്ളത് വേറെ കാര്യം അല്ലാതെ തന്നെ അപ്പൊ ശത്രുച മിത്രേച്ച ശത്രുവും മിത്രവും നമ്മളെ സംബന്ധിച്ച് രണ്ടും വേണ്ട എന്ന് പറയാ ഈ ശത്രുവായാലും മിത്ര എണ്ണിയോ അതാണല്ലോ നമ്മുടെ ഈ ഹിംസ എന്ന് പറയുന്നത് എന്താ ഈ എണ്ണലാണ് ഹിംസ പറഞ്ഞുവല്ലോ രണ്ടാം അധ്യായത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് എണ്ണാതിരിക്കും ഇതൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് എപ്പോഴാണ് നമ്മൾ എണ്ണാറ് വീട്ടിൽ കല്യാണം വരുന്ന സമയത്ത് ആർക്കൊക്കെ കത്തയക്കണം അപ്പോഴാണ് നമ്മൾ എണ്ണുക ആദ്യേ നമ്മൾ പറയും ഇന്ന ആളുകൾക്കൊന്നും അയക്കണ്ട ഇന്ന ആളുകളെയൊക്കെ നമുക്ക് നേരിട്ട് പോയി വിളിക്കാം ആ ഒരു കത്തങ്ങോട്ട് അയച്ചേക്കും അതെന്നാണ് അയക്കേണ്ടതെന്ന് അറിയോ കല്യാണത്തിൻ്റെ തലേന്ന് അയച്ചാൽ മതി അന്നും മതി കാരണം അവർ അങ്ങനെ അറിഞ്ഞാൽ മതി എന്നാണ് അപ്പൊ നമ്മൾ എണ്ണി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ സ്വന്തക്കാരൊക്കെ തന്നെയായിരിക്കും ഏതായാലും നമുക്ക് ഇങ്ങനെയുള്ളതൊന്നും വേണ്ട എന്ന് പറ ശത്രുവും വേണ്ട ഭക്തനാണോ ഞാൻ എനിക്ക് ശത്രുവും വേണ്ട മിത്രവും വേണ്ട തഥ അതുപോലെ തന്നെ മാനാപമാനങ്ങളിൽ മാനമാകട്ടെ അപമാനമാകട്ടെ എന്ന് പറഞ്ഞാൽ നാണു ഇല്ലാത്തവനാണ് ഭക്തൻ ശരി സ്വാമി അല്ല ചില ഭക്തന്മാരുടെ കേസ് ഇതൊക്കെ തന്നെയാണ് ഈ ദേഹം മുഴുവൻ പൊള്ളിയിട്ട് മുല്ല ആശുപത്രിയിൽ കിടക്കുക അപ്പൊ ഡോക്ടർ വന്നിട്ട് അല്ല നഴ്സ് വന്നിട്ട് റൂമിന് ഇങ്ങനെ ടക്കോ ടക്കോ എന്ന് പറഞ്ഞ് കൂട്ടണം അപ്പൊ ആ പോയിട്ട് എഴുന്നേറ്റു ചെന്നു അതൊക്കെ വാതിലൊക്കെ തുറന്നു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആ വസ്ത്രമൊക്കെ മാറ്റു ഇനി എല്ലാം അതൊന്ന് മരുന്നൊക്കെ തേക്കട്ടെ അപ്പോൾ പോവാൻ നേരത്ത് മുല്ല സംശയം ചോദിച്ചു എന്തിനാണ് നിങ്ങളും റൂമിന് മുട്ടിയത് എന്ന് എന്തിനാണ് റൂമിന് മുട്ടിയത് ഞാനിവിടെ കിടക്കുകയായിരുന്നല്ലോ മര്യാദയ്ക്ക് അല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല സ്വാമി തിരിച്ചെടുത്തു അപ്പൊ ഒന്നും പറയാതെ വന്നങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറയാം കാരണം അദ്ദേഹത്തിനെ ഇത്രയും വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു മാന അപമാനയോഹോ ശരീരത്തിൽ ശരീരബോധം ഉണ്ടാവുന്ന സമയത്താണ് ഇത്യാദി മാനം അപമാനം അതൊക്കെ എനിക്ക് വന്നു എനിക്കാണത് വന്നത് ഇത്യാദി കാര്യങ്ങളൊക്കെ ഉള്ളത് ഭക്തനെ സംബന്ധിച്ച് അത് പാടില്ല എന്ന് പറയാം സമ ശീതോഷ്ണ സുഖ ദുഖേഷോ കേട്ടിട്ടുണ്ടാവും നിങ്ങളൊരു തമാശ ഒരു എന്താ വേലക്കാരൻ അവിടുത്തെ കൊച്ചമ്മ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പരാതി പറഞ്ഞത് ഇല്ലേ കേട്ടിട്ടില്ലേ ഇല്ല ആ പരാതി പറഞ്ഞു സാറ് എന്നെ ഞാനിവിടെ എന്താ എന്നെ കൊച്ചമ്മ തല്ലി എന്ന് പറഞ്ഞു എന്നിട്ട് കരഞ്ഞു അപ്പം അദ്ദേഹം ആശ്വസിപ്പിച്ചു എടോ ഇരുപത്തഞ്ച് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ എന്നെ ഇവരെ കരഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഞാൻ കരഞ്ഞിട്ടില്ല അവനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് കോശമായ അടി കിട്ടിയത് ബുദ്ധിമുട്ട് പക്ഷെ നീ എന്നെ നോക്ക് ഞാൻ ഇതുവരെ ഇരുപത്തഞ്ചു വർഷമായി ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല തഥാ മാനാപമാനയോഹോ എനിക്കിപ്പോ അതൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല നീ എന്നെ പോലെ ആവാൻ ശ്രമിക്കൂ നീ ഒരു ഭക്തനാവൂ എന്ന് പറയും സമ സമ എന്ന് പറഞ്ഞാൽ സമനായി ഏതിലൊക്കെ ശീതോഷ്ണ സുഖ ദുഃഖേഷവും ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇത്യാദികളിലൊക്കെ സമത്വത്തെ മുൻപ് പറഞ്ഞു പറയപ്പെട്ടിട്ടുള്ളതാ അതുപോലെ സമസംഘ വിവർജിത സമനായി സംഘത്തെ എല്ലാ ബന്ധങ്ങളെയും എന്നാ വർജിത ഉപേക്ഷിച്ചവനായി പറഞ്ഞാൽ ഞാൻ അതിൽ ഉണ്ട് എന്നത് വിട്ടേക്കാം ഇവരെന്റേതാണ് അവരെന്റേതാണ് അവർക്ക് ഞാനുണ്ട് എനിക്ക് അവരുണ്ട് ഒന്നും വേണ്ട ശീതോഷ്ണ സുഖ ദുഃഖേഷവും ശീതം ഉഷ്ണം സുഖം ദുഃഖം ഇത്യാദികളിലൊക്കെ സമത്വത്തെ മുൻപ് പറഞ്ഞു പറയപ്പെട്ടിട്ടുള്ളതാ അതുപോലെ സമസംഘവിവർജിത സമനായി സംഘത്തെ എല്ലാ ബന്ധങ്ങളെയും വർജിത ഉപേക്ഷിച്ചവനായി എന്ന് പറഞ്ഞാൽ ഞാനതിൽ ഉണ്ട് എന്നത് വിട്ടേക്കുക ഇവരെന്റേതാണ് അവരെന്റേതാണ് അവർക്ക് ഞാനുണ്ട് എനിക്ക് അവരുണ്ട് എന്നും വേണ്ട അതുപോലെ തുല്യ നിന്ദാ സ്തുതി മൗനി നിന്ദയും സ്തുതിയും ഇതൊന്നും കേൾക്കാൻ നിൽക്കണ്ട നല്ലത് പറയാനും ആളുണ്ടാവും മോശം പറയാനും ആളുണ്ടാവും നമുക്കിതൊക്കെ നല്ല അനുഭവം ഉള്ളതാണ് നമ്മൾ ഈ ആളുകളെ ഈ യാത്രക്കൊക്കെ കൊണ്ടുപോവുകയും ഹിമാലയം കൈലാസംന്നൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെയാണെന്നറിയാ പറയാം ഓ സ്വാമി അങ്ങനെ എങ്ങനെ പിന്നെ തുടങ്ങും പിന്നെ ഹിമാലയം ഒന്നുമല്ല കാണുന്നത് പിന്നെ ഹിമാലയൻ മണ്ടത്തരങ്ങളാണ് കാണുന്നത് എന്നിട്ടാണ് തിരിച്ചു വരിക കൈലാസം ഒന്നുമല്ല കാണുക അപ്പൊ ഇതൊക്കെ പ്രതീക്ഷിച്ചോളണം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും സ്തുതി ഉണ്ടാവും നിന്ദയുണ്ടാവും പൂമാലുണ്ടാവും ചെരുപ്പുമാല ഉണ്ടാവും രണ്ടുണ്ടാവും കൂട്ടത്തിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതൊക്കെ പിന്നെ സമൂഹത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഭക്തൻ എന്നുള്ള നിലയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് തീർച്ചയായും വരും പക്ഷെ നമ്മൾ രണ്ടും സ്വീകരിച്ചുകൊള്ളുക സ്തുതി വരുന്ന ഒപ്പം തന്നെ പിറകിലുണ്ടാവാം എന്ത് നിന്ത ഇതെല്ലാം ശബ്ദശാസ്ത്രം മനസ്സിലാക്കിയ വാക്കുകൾ തിരിച്ചിടുന്നതാ അല്ലേ ഗോഡെന്ന് അതേ വാക്കുകൊണ്ട് തന്നെ ഡോഗ് നാക്കാം ഐ ഡിയർ ഗോഡ് എന്നുള്ളത് തന്നെ ഡോഗ് നാക്കാൻ വിഷമമൊന്നുമില്ല എന്ന് പറയാം ഒന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രയോഗിച്ചാൽ മതി ശബ്ദബീജികൾ ഒരുപാട് ഈ പ്രപഞ്ചത്തിലുണ്ട് ഈ ശബ്ദബീജികളോടൊക്കെ ഞാൻ അനുകൂലമായി പ്രതികൂലമായി എന്തിന് പ്രതികരിക്കണം ഈ ഒരറിവ് കർണപുടങ്ങളിൽ ശബ്ദബീജികൾ വന്ന് പതിയുന്നതിൻ്റെ രീതി സ്തുതിയിലായാലും നിന്ദയിലായാലും ഒരുപോലെയാണ് സ്തുതിക്ക് വിശേഷഭാവങ്ങളും നിന്ദക്ക് വേറെ ഏതെങ്കിലും ഭാവങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഒക്കെ ഒന്നാണ് ഒരു കാറിൻ്റെ ഹോർണ് കേൾക്കുന്നത് പോലെയാണ് നമ്മളെക്കുറിച്ച് നന്നായി എന്ന് പറയുന്നതും ആ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണതും ഇതിനനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അവരാവരവരവർ പറയുന്നത് കേൾക്കാൻ പോയാൽ മുല്ലയും മോനും കൂടെ പോവുകയാണ് എങ്ങട്ടാണ് പോണത് മുല്ല വിചാരിച്ചു കഴുതയുണ്ട് മകനും ഉണ്ട് മുല്ലയുണ്ട് നടന്നു പോകുന്നു മുല്ലയ്ക്ക് തോന്നി പാവം മോൻ ക്ഷീണിക്കും ക്ഷീണിച്ചിട്ടുണ്ട് അവനോട് പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യും കഴുതപ്പുറത്തിരുന്നു പോവാം ഞാൻ നടന്നു അപ്പോൾ ആരോ വന്ന് ചോദിച്ചത് എന്താ മുല്ല ഇങ്ങനെ അപ്പോൾ അവനോട് അവനോട് ചോദിക്കാം എടാ അച്ഛനെ ഇങ്ങനെ നടത്തിയിട്ട് നീ ഇങ്ങനെ കഴുതപ്പുറത്ത് പോകുന്നത് ശരിയാണോ എന്ന് അപ്പോൾ അവന് തോന്നി ശരിയാണ് എന്നാൽ പിന്നെ നീ ഇറങ്ങും ഞാൻ കയറാം അപ്പോഴാണ് ചോദിക്കുക എന്താ മുല്ല ആ പാവം കുട്ടിയെ ഇങ്ങനെ നടത്തിയിട്ട് നിങ്ങളിങ്ങനെ കഴുതപ്പുറത്ത് പോകുന്നത് ആ പിന്നെ മുല്ല വിചാരിച്ചെന്നാൽ ശരി രണ്ടു പേർക്കും കൂടെ അങ്ങനെ അച്ഛനും മകനും കൂടെ കഴുതപ്പുറത്ത് പോകുമ്പോൾ ആളുകൾ ചോദിക്കും ഓ എന്റെ മുല്ല ആ പാവം കഴുത നിങ്ങൾ രണ്ടുപേരും കൂടെ മുല്ല വിചാരിച്ചു എന്നാൽ ശരി കഴുത എടുത്തിട്ട് അങ്ങോട്ട് പോകും അവനെ എടുത്ത് നടക്കുമ്പോൾ നിങ്ങൾ എന്തൊരു വട്ടനാണ് ഈ കഴുത എടുത്ത് ആരെങ്കിലും നടക്കും ഇനിയിപ്പോ മുല്ല എന്ത് ചെയ്യുക എന്നാൽ ശരി കഴുത വേണ്ടെന്ന് ചോദിച്ചു മുല്ല കഴുത പിടിച്ച് പോകുമ്പോൾ കഴുത എവിടെ പോയി എന്താ വെറും കൈ ഒരു രക്ഷയില്ല അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ പോയാൽ അവര് പറഞ്ഞതും ഇവര് പറഞ്ഞതും അവര് പറഞ്ഞതും ഒക്കെ കേട്ടുകൊണ്ട് പോയാൽ ഭക്തന്റെ കാര്യത്തിൽ അങ്ങനെ വേണ്ട ഭഗവാൻ തന്നെയാണ് പറയുന്നത് സംഘവർജിത തുല്യനിന്ദ സ്തുതിർ അതുപോലെ മൗനി മൗനം ആചരിക്കുന്നവൻ മൗനം ആചരിക്കുക എന്ന് എപ്പോഴാ മൗനിയാവുന്നത് ഒരുവൻ പ്രതീക്ഷകളകന്ന മനസ്സിൻ്റെ ഭാവത്തെയാണ് മൗനം എന്ന് പറയുന്നത് എപ്പോഴാണോ മനസ്സിൽ നിന്ന് പ്രതീക്ഷകളെല്ലാം അകലുന്നത് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നതല്ല എല്ലാം ഈശ്വരനാണെന്ന് അറിയുമ്പോ പിന്നെ പ്രത്യേകിച്ച് ഒന്നിനോടും അപേക്ഷ ഇല്ല അവിടെ ആ ഒരു മനസ്സുണ്ട് അത് അതിൻ്റെ ആഴമാണ് മൗനം എന്ന് പറയുന്നത് അത് മുനിയുടെ ഭാവമാണ് ജീവൻ മുനിയുടെ ലക്ഷണം തന്നെ ആചാര്യസ്വാമികൾ പറയുന്നത് അങ്ങനെയാണ് എന്താ മുനിർ നാമോഹം ഭജതി ഗുരുദീക്ഷാ ക്ഷതതമാഹ വ്യാമോഹത്തെ ഭജിക്കാത്തവനാണ് മുനി വ്യാമോഹം എന്ന് പറഞ്ഞാൽ രണ്ടെന്ന ഭാവം അപ്പൊ രണ്ടെന്ന ഭാവത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടുള്ള ആ മൗനത്തിൽ അവന് പിന്നെ സംസാരിക്കാനൊന്നുമില്ല എന്ന് പറയാം പ്രത്യേകിച്ച് അപ്പൊ മൗനം ഒരു ഭക്തൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് ഭഗവാന്റെ മുൻപിൽ ക്ഷേത്രങ്ങളുടെ മുൻപിലാതെ ഈശ്വരനാണ് എന്ന ഭാവത്തോടുകൂടി നിൽക്കുമ്പം മിണ്ടാതിരിക്കുന്നത് ഏറ്റവും നല്ലത് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ ഭക്തന്മാർ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കണോ സ്വാമി എന്ന് കാരണം മറ്റുള്ളവർക്ക് ഈ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പം അത് പലരും വരുന്ന സ്ഥലമാണ് പിന്നെ നാമജപത്തിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്ത് വേണമെങ്കിൽ ആവാം നമ്മുടെ നാരായണഗുരു പറയുന്നതാണ് ഈ ആധ്യാത്മികതയുടെ ഒരു എന്താ അടിസ്ഥാനം പറയാം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം നമ്മുടെ നാമജപം കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ദേഷ്യം വരും അങ്ങനെ അതുകൊണ്ട് നമ്മൾ നമുക്ക് കേൾക്കാൻ പാകത്തിന് നമ്മളെ ഉള്ളിൽ ജപിച്ചാൽ മതി അതുകൊണ്ട് മൗനമായിട്ടിരിക്കുന്നത് നല്ലതാണ് മൗനമേവ ഉചിതം ഇതായിരിക്കണം നമ്മുടെ ഒരു സിദ്ധാന്തം അതുകൊണ്ട് മൗനി ഏന കേനജിത് സന്തുഷ്ട ഏനകേനചിത് എന്തൊക്കെ എന്ത് എന്ത് കിട്ടിയാലും സന്തുഷ്ട സന്തോഷവാനാണതിൽ അതുകൊണ്ട് അതിൻ്റെ കുറവ് കാണുന്നവനല്ല എന്ന് ഏനകേനചിത് സന്തുഷ്ട അനികേത നികേതമില്ലാത്തവൻ വാസസ്ഥാനൊന്നുമില്ല ഒരു സ്ഥലത്തും സ്ഥിരമായി ഉറച്ചിരിക്കാത്തവൻ നമ്മളൊക്കെ ഉറച്ചിരിക്കുക ഓരോന്നിൽ പോയിട്ട് അനികേതനാണ് നികേതമില്ല എന്ന് പറയുന്നത് അനികേതൻ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ശരിയായ അനികേതനാണ് നമ്മളങ്ങനെയല്ല നമുക്കൊക്കെ ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി വേറൊരു വീട്ടിൽ പോയാൽ തന്നെ നമ്മുടെ ഉറക്കം പോയി നമ്മുടെ ആ ദിവസമുള്ള നമ്മൾ ഉപയോഗിക്കുന്ന തലേണ ഉണ്ടല്ലോ അതിനേക്കാൾ നല്ല തലയണ നല്ല വൃത്തിയുള്ള തലയണ കിട്ടിയാൽ നമുക്ക് ഉറക്കം വരില്ല നമുക്ക് ആ ഒരു ജാതി മണമുണ്ടല്ലോ അതിന് പറയ മലബാർ ഭാഷയിൽ മുയിങ് മണം എന്നാ പറയാ അത് കിട്ടിയാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ രാമകൃഷ്ണദേവൻ ഒരു കഥ പറയും ഈ പൂക്കാരിയുടെയും മത്സ്യക്കാരിയുടെയും പട്ടണത്തിൽ പൂവില് പോയിട്ട് അവസാനം നേരം വൈകിട്ട് മത്സ്യം വില്പനക്കാരിയുടെ വീട്ടിൽ വന്നിട്ട് അവള് അന്തി ഉറങ്ങുന്നതാ അല്ല മത്സ്യം വിൽപ്പനക്കാരി പൂക്കാരിയുടെ വീട്ടിൽ അന്തി ഉറങ്ങുന്നതാ രാത്രി കിടന്നിട്ട് ഈ മുല്ലയുടെ മണമൊന്നും കേട്ടിട്ട് ഈ മത്സ്യക്കാരിക്ക് ഉറക്കം വരുന്നില്ല എന്ന് അവസാനം അവൾ അവളുടെ കൊട്ടയിൽ കുറച്ച് വെള്ളം തളിക്കും എന്നിട്ട് അത് തലയുടെ അടുത്ത് വെച്ചിട്ടാണ് അവൾ ഉറങ്ങുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു ഇത് അതിൽ നിന്നും മാറാൻ പറ്റില്ല വീടൊന്ന് മാറിയാലെല്ലാം പ്രശ്നം തലയിണ മാറിയ പ്രശ്നം തുവർത്തു മാറിയ പ്രശ്നം ഒരു ദിവസം ബ്രഷ് ഇല്ല പിന്നെ പോയത് എമർജ് പെട്ടെന്നായിരുന്നു പോയത് എല്ലാം അവളോട് എടുത്തു വെക്കണം എന്ന് പറഞ്ഞ പക്ഷെ ആ കിറ്റ് എടുത്ത് വെക്കാൻ മറന്നുപോയി അത് വെച്ചതായിരുന്നു ചെടുങ്ങനെ എടുത്ത് കൊണ്ടുപോയി എങ്ങോട്ടോ പിന്നെ പെട്ടി അടയ്ക്കാൻ നേരത്ത് കാണാനില്ലേ പിന്നെ പാവം അവനെ എല്ലാവരും കൂടെ കണ്ണു നോക്കിയൊക്കെ ഇതായി പിന്നെ എല്ലാവർക്കും എന്താ ശരണം ഇത് തന്നെ ബ്രഷ് ഇല്ലേ അപ്പോൾ അത് മതി അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെട്ടു എന്തിലെങ്കിലും പോയിട്ട് പിടിച്ചിരിക്കാതെ നമുക്കൊക്കെ നമ്മുടെ സ്വസ്ഥത കളയാൻ ഇത്രയും മതി ഒരു ദിവസം സ്ഥിരം ഷെയ്വ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ദിവസം ഷെയ്വ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ കോൺഫിഡൻസ് മുഴുവൻ പോയി അയാളുടെ വിചാരം ആളുകൾ മുഴുവൻ നോക്കുകയാണ് എന്താ നിങ്ങൾ ഷെയ്വ് ചെയ്യാത്ത മുഴുവൻ ആളുകളും ഇയാളോട് ചോദിക്കുന്നത് പോലെ തോന്നുക എന്താ നിങ്ങൾ ആളുകൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ല ഇങ്ങോട്ടുടെ ഇത് തന്നെ വിഷയം ഒന്നുമില്ല പക്ഷെ തോന്നുക അപ്പം അനികേതൻ എന്ന് പറയുമ്പം ഒരു പ്രകാരത്തിൽ എവിടെയും പോയി ഒട്ടിപ്പിടിക്കാത്തവനാ ഇന്ന ഓരോന്നിൽ ഓരോന്നിലും നമ്മൾ വസിക്കുകയാണ് വാസസ്ഥാനങ്ങളാ ഇത് പ്രത്യേകിച്ച് വാസസ്ഥാനങ്ങളൊന്നുമില്ല ഈശാവാസ്യം ഇതം സർവം എന്നുള്ളതാണ് വാസസ്ഥാനം ഭഗവാനിൽ വസിക്കുന്നവന് പ്രത്യേകിച്ച് ഒരിടത്ത് വസിക്കാൻ പറ്റില്ല എല്ലായിടത്തും വസിക്കൻ അവന്റെ തറവാട് ഈ ഭുവനത്രയം അതാണ് അവന്റെ തറവാട് എന്ന് പറയാം അനികേത സ്ഥിരമതി മതി സ്ഥിര സ്ഥിരചിത്തനായി സ്ഥിര ബുദ്ധിയുള്ളവനാന്ന് പറയാം ബുദ്ധിഭ്രമില്ല ഭക്തന് പക്ഷെ പല ഭക്തന്മാരുടെ കാര്യത്തിലും എങ്ങനെ വേണമെങ്കിൽ അവരെ ഇളക്കാം എന്ത് പറഞ്ഞാലും അവരെ ഇളകും എന്ന് പറയാം ഇവിടെ ഈ ഭക്തൻ ഇളകുന്നില്ല സ്ഥിരമതിഹി അനികേത ഏനക്കേന ചെയ്ത സന്തുഷ്ട സ്ഥിരമതിഹി ഭക്തിമാൻ അങ്ങനെ ഭക്തിയുള്ള അവൻ ആരാണ് നരഹ ഇവിടെ ഭഗവാൻ നര എന്ന് പറയുന്നു നരൻ എന്ന് പറഞ്ഞാൽ നേതൃഗുണം ഉള്ളവൻ മറ്റുള്ള ആളുകളെയും ഈ അവൻ നരേന്ദ്രനാണ് എന്ന് പറയുകരഹ അവൻ ആരാണ് മേ പ്രിയഹ എനിക്ക് പ്രിയപ്പെട്ടവന ഒരു ചെറിയ എന്താ പറയുക ഈ കൂരയില് കൂര ഇല്ലെങ്കിലും ചില ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടോ ചിലരൊക്കെ നമ്മൾ ഈ നമ്മുടെ കൊച്ചി പട്ടണത്തിൽ തന്നെ നോക്കിയാൽ മതി വീ എന്താ വീടൊന്നും ഉണ്ടാവില്ല താമസിക്കുന്നത് വീഡിയോ കോലായാലൊക്കെ സ്ഥിരബുദ്ധിയൊക്കെ ഉള്ളവർ തന്നെയാ സന്തോഷവാന്മാരാ സന്തോഷവാന്മാരാ അവർക്ക് ഒരു പ്രശ്നവുമില്ല നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ ഇപ്പൊ നമ്മുടെ ഭക്തി ശരിക്കും ആരാ ഭക്തന്മാർ പീഡികയിലും അതുപോലെ റോഡിലും മരത്തിൻ്റെ ചുവട്ടിലും അവിടെയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ചിലർക്ക് ഫാമിലി തന്നെ ഉണ്ട് ബോംബെയില് നമ്മൾ അത്ഭുതപ്പെട്ടുപോയി അത് കേട്ടിട്ട് സത്യമാണ് പറയുന്നത് എന്താ ബോംബെയിൽ മറവഴുന്നു അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്ത് ഒരു അയ്യപ്പക്ഷേത്രമുണ്ട് ആ അയ്യപ്പക്ഷേത്രത്തിൻ്റെ മുൻപില് ഭിക്ഷാടനം നടത്തുന്ന ഒരാളുണ്ട് അതായത് അവിടെയൊക്കെ ഈ ഭിക്ഷ ഭിക്ഷയ്ക്ക് ഇരിക്കുന്ന ഒരു സ്ഥലം അതായത് പൊതുവായിട്ടുള്ള സർക്കാർ സ്ഥലമാണ് അപ്പൊ ആ സ്ഥലം ഈ ഭിക്ഷക്കാരൻ അവൻ്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീധനമായിട്ട് മരുമകന് കൊടുത്തു നമ്മൾ കേട്ടവ അത്ഭുതപ്പെട്ടു ഈ എന്താണത് ഇല്ലേ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊടുത്തോടെ ഇങ്ങനെ മൊത്തം ശബരിമലയിൽ ഓരോ പടി കൊടുത്തിട്ടുള്ളവരുണ്ടാവും ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും സന്തോഷമായിട്ട് കഴിയണു അവരൊക്കെ ഇത് ഉള്ള കാര്യ കേട്ടോ പിന്നെ എന്താന്ന് പറഞ്ഞാൽ അതിനെ ചൊല്ലി എന്തോ പ്രശ്നമായ സമയത്താണ് അറിഞ്ഞത് ഇയാളിവന് ശ്രീധനായിട്ടാണ് ഇത് കൊടുത്തത് അങ്ങനെ ഇവൻ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രസ ബോംബെയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നിന്ന് തിരിയാൻ ഒരു ഒരു ഈ ചോപ്പടപ്പട്ടി ചാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ വളരെ രസകരമായിട്ടുള്ളൊരു തമാശയുണ്ട് ബോംബെ നിന്ന് ഒരു ഗുഡ്സ് വാഗണില് ഗുഡ്സ് ട്രെയിൻ ഇതിലേ ഒരു നായ അറിയാതെ കയറിപ്പോയതാണ് മത്സ്യം വിൽക്കുന്ന ഇതാണ് അതിൻ്റെ അകത്ത് ഈ നായപ്പെട്ടു അവിടെ നിന്ന് ഇത് അടയ്ക്കുന്ന സമയത്ത് അതിൻ്റെ വാതിലങ്ങോട്ട് അടച്ചിട്ട് അവർ വിട്ടു ഗുഡിച്ച് പോയി പാവ ഇത് അതിൻ്റെ ഉള്ളിൽ പെട്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ നാട്ടിലെത്തുന്നു കേരളത്തിൽ നാട്ടിലെത്തി അവരിത് തുറന്ന സമയത്ത് സാധനം ഡംപ് ചെയ്യാൻ വേണ്ടി തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്തോ മത്സ്യത്തിൻ്റെ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുറന്ന സമയത്താണ് ഇവൻ ജീവനും കൊണ്ടൊരു ഒറ്റച്ചാട്ടം പുറത്തേക്ക് ചാടിയ സമയത്ത് അവിടെ കുറെ സിൽബന്തി നായകളുണ്ട് വേറെ തെരുവിടെ നായകൾ ഇത് കുറയ്ക്കാൻ തുടങ്ങി അപ്പൊ അവനും കുറച്ചു അവൻ കുറച്ചത് മറാഠിയിലാണ് മഹാരാഷ്ട്രയിലായകളുണ്ട് ഇവരിവിടെ മലയാളത്തിലാണ് കുറച്ചത് അപ്പം ഇതുപോലെ പണ്ട് വന്ന ചില കാരണവുമാര് നായ്ക്കൾ ഇവിടെ ഉണ്ട് അവർക്ക് മറാഠിയും മനസ്സിലായി അവർക്ക് തോന്നിയോ ഇത് പണ്ട് എനിക്കും പറ്റിയതാ അതുപോലെ അതുകൊണ്ട് ഇവ ഈ കാരണം അവർ പറഞ്ഞു ദാതയായിട്ടുള്ള ഇവിടുത്തെ നായ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാക്കേണ്ട നമ്മുടെ ആളുകൾ അവനെ വെൽക്കം ചെയ്യാൻ പറഞ്ഞു അതിഥി ദേവോഭവ മന്ത്രം പറഞ്ഞോളാൻ പറഞ്ഞു അപ്പൊ ഇവര് അതിഥി ഓ അപ്പം കാര്യം മനസ്സിലായി അപ്പം എന്താ ഇവിടുത്തെ നായകളുടെ ഇതാണല്ലോ ഇവരിങ്ങനെ വാലാട്ടാൻ തുടങ്ങി ഇങ്ങനെ വാലാട്ട അപ്പൊ നമ്മുടെ ബോംബെ നായ ഇങ്ങനെയാണ് വാലാട്ടുന്നുണ്ട് അപ്പം അവർ ചിതം എന്ത് പറ്റിയ ഇവന് അവ ചോദിച്ചു എന്താണെന്ന് അപ്പോൾ പറഞ്ഞു ഞാനവിടെ വൺ റൂം കിച്ചണിലാന്ന് പറയാം എനിക്ക് ഇങ്ങനെ ആട്ടാനുള്ള സ്പേസ് അവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആട്ട പക്ഷേ ഞാൻ ആട്ടുന്നുണ്ട് അതാണ് കാര്യം ഞാൻ വാലാട്ടിൽ നിർത്തിയിട്ടില്ല എന്ന് പറയാം ഞാൻ ആട്ടും ഇങ്ങനെയാണെങ്കിലും ഞാൻ ആട്ടിക്കൊണ്ട് ഇവിടെ നിങ്ങൾക്കിഷ്ടമാതിരി സ്പേസാണ് നമ്മളങ്ങനെയല്ല നമ്മുടെ എല്ലാ ആനന്ദവും പോവും സന്തുഷ്ട ഒരു പ്രകാരത്തിലും നമ്മുടെ ശാന്തിയെ സമാധാനത്തെ അതിനെയൊന്നും കളയാൻ ഈ വിശ്വത്തിൽ ഒന്നിനും സാധ്യമല്ല എന്ന് പറയാം ഭഗവാൻ അധ്യായത്തെ ഉപസംഹരിക്കുന്നു യഥോക്തം ശ്രദ്ധ भक्ताव प्रि ओं तत्सतम भगवद्गीताषत्सु ब्रह्म विद्याजुन संवाद भक्ति नाम द्वादश्याय तो ധർമ്മ്യാമൃതമിതം യഥാ ഉം പര്യുപാസദേ ശ്രദ്ധധാനാഹ മത്പരമാക്തേ അതീവ മേ പ്രിയ ഭഗവാൻ പറയുന്നു ഏതു യാതൊരുവനാകട്ടെ യാതൊരുത്തരാകട്ടെ യഹ യൗ യേ ബഹു ബഹുവചനാണെന്ന് പറയാം ആരൊക്കെയുണ്ടോ അവരൊക്കെ uktam ഉം എപ്രകാരം എന്നാൽ പറയപ്പെട്ട എന്നാൽ പറയപ്പെട്ടിട്ടുള്ള എന്താണ് ഭഗവാൻ തന്നെ പറയുന്നു ഇതം ധർമ്മ്യാമൃതം ഇതെന്താണ് ധർമ്മപ്രാപ്യമായ മോക്ഷ സാധനത്തെ മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ പോന്നതാണ് ഞാൻ ഈ പറഞ്ഞത് ധർമ്മ്യം എന്ന് പറഞ്ഞാൽ ധർമ്മേണ പ്രാപ്യ ഇതി ധർമ്മം കൊണ്ട് പ്രാപിക്കേണ്ടുന്നത് ഭക്തിയെക്കുറിച്ച് പറയുന്നതാ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യം എന്താണ് ധർമ്മപ്രാപ്യമായിട്ടുള്ള മോക്ഷ സാധനമാണ് അതിനെ ശ്രദ്ധധാനാഹ അതിലാർക്കാണ് ശ്രദ്ധയുള്ളത് മത് പരമാഹ പരമമായി എന്നെ കരുതിയിട്ടുള്ളത് ആരാണ് ആരാണ് അങ്ങനെ പര്യുപാസത്തെ പ്രകർഷണ ഉപാസത്തെ നല്ലവണ്ണം ഉപാസിക്കുന്നത് തേ ആ ഭക്തന്മാർ മേ എനിക്ക് അതീവ പ്രിയാഹ എനിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവരാണ് അങ്ങേയറ്റം എൻ്റെ പ്രിയപ്പെട്ടവരാണ് ഇത് കേട്ട് അർജുനൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്തൊരു ചോദ്യം ചോദിക്കുക ഈ അധ്യായമല്ല അടുത്ത അധ്യായത്തിൽ